അത നവമോധ്യീഭവാചം ഗുഹ്യതമ പ്രവക്ഷ്യമനസൂയേ ജ്ഞാനം വിജ്ഞാനം യാ മോക്ഷസേശുഭാ രാജവിദ്യാജഗുഹ്യം പവിത്രമിദമുത്ത പ്രത്യക്ഷഗമം ധര്യ സുസുഖം കർത്തവ്യയം അശ്രദ്ധാന പുരുഷാ ധർമ്മ അപ്രാപ്യമാവർത്തേ മൃത്യു സംസാരവത്മനി മയാ തദമ ജഗദ്യക്തമൂർത്തി മൂതാഹം തേശ വസ്തി മൂത പശ്യമേ യോഗമൈശ്വരം ബോധഭൃണ്ോധസ്ഥ ഭൂതഭാവന യശസ്തിയു ഗോ മഹാ തർവാ ബോധാന ഹുഭധാരയാ सर्वभूदानि ൂതന്ധേയ പ്രകൃതിമാമിഗാ കൽപ്പക്ഷക്ഷേ പുനസ്ത कल्पादो വിസാമ്യഹം പ്രകൃതി സ്വാമവ്യ വിസൃാമി പുനഃ പുന ബോധഗ്രാമിമം കൃത്ന അവശം പ്രകൃതിവശമാരുമാണി നിബന്നിധനഞ്ചയാ ഉദാസീനവസീനം അസക്തമ്മസു മയാധ്യക്ഷേണ പ്രകൃതി സൂയത സ ചരാചരം ഏതു അനേന കൗന്യ ജഗത്വിപരിവർത്ത അജാനി മാൂഢ ുഷിം തനുമാശ്രിതം പരം ഭാവമജാന മമ ഭൂതമഹേശ്വരം മോഗാശാമോകർമാണ മോഹജാ വിജേതസ ക്ഷീമാസുരീ പ്രഗതി മോഹിം മഹാത്മനസ്തു മാം പാർ ദൈവീ പ്രകൃതിമാശ്രിത ഭജന്യന്യമനസാ ജാ ഭൂദാരിമ്യയം സതദം കീർത്തയന്തോമാദന്ത ദൃഢവ്രടാ നമസ്യന്തം ഭയുക്തുപാസത്തെ ജാനയജ്ഞേനാപ്യേ യജന്തോ മാമുപാസദേ പൃഥക്േന ബഹുദാ വിശ്വദോ മുഖം അഹം കതുരഹം യദാഹമഹമൌഷധം മന്ത്രോഹമഹേവാജ്യം അഹമഗ്നിരഹം ഹുദം പിതാഹിയ ജഗദ മാിതാഹ്രമോ സക്സാജുരേവ ഗജർഭാ പൂ സാക്ഷി ശരണ സുഹൃദ പ്രഭവ പ്രളയസ്ഥീജമവ്യയം തവാമ്യഹമഹം വശം നിഗൃാമ്യുത്സൃമി ചമൃതം ചൈവൃത് തദ സച്ചാഹമർജുനു വിദ്യമാം സോമ പാദാഭാ യേരിഷ്ടാ സ്വർഗതിാർയേ തേ പുണ്യമാസാദ്യലോകം दिव्यान् दिविदेव भोगान् അസന്തിവിദോൻ തേ തുക്ലോോോകളം ക്ഷീണേ പുണ്യമത്യലോകം धर्म मनुप्रपन्ना। ഗതാഗതം കാമ കാമാലഭന് അനിയ ചിന്ധയോ മാ ജന പല്യുപാസേ തോ നിത്യാക്ത യോഗക്ഷേമം വഹമ്യഹം േ്യതാ ഭജന് ശയാന് മായജന്വിധിപൂർവകോക്ത പ്രപുരേവ ജേനാദി യാന്തിൻ പിത്രോ നാന്തിയാന്ധി ബോധേജ്യ ി മധ്യനോഭിമാ പത്രം പുഷ്പ ഫലം തോയം യോ മേ ഭക്യാ പ്രയച്ചതി തഹം ഭക്തിുപ് പ്രയതാത്മന യോഷി യജ്ജുഹോഷീ ദസി ഗോന്ദേയക്കുരുഷമർപ്പണഭുഭലൈരേവ മോക്ഷസേ കർമ്മന്ധനൈ സോയുക്ത വിമുക്തോ മാമുപൈശ സമോഹം നേ േസ്തിയാം ഭക്യാ മയിു ചാപ്യഹം അവിടെ സുദുരാചാരജത്തെ മാം അനന്യ സാധുരേവ സമന്ധവ്യ സമ്യവസി സക്ഷിപംതി സർമാത്മാ ശശ്യാന്തി കൗന്തയ പ്രതിജീ നണശ്യതി മാം ഹി പാത്തവ്യഭാഷിത്യേകി സൂപാപയോ ൈശദ്രേഭിയാഥി പരാതി പുനർബ്രാഹണ പുണ്യക്ത രാജശ്രയസ്ത അമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വ മന്മനാഭവമൽ ഭക്ത മദ്യജീമാകുരു മാം ആത്മാനം മത്പരാ ഭഗവത്ഗീത ഉപനിഷ ബ്രഹ്മവിദ്യോസ്ത്രേ ശ്രീകൃഷ്ണാർജുനസംവാജവിദ്യാജഗുഹ്യോ നമ നവമോധ്യ ഭഗവാൻ ഒൻപതാമത്തെ അധ്യായത്തിനെ വിളിക്കുന്നത് രാജവിദ്യ രാജഗുഹ്യം എന്നാണ് വളരെ രസകരമായിട്ടാണ് ഭഗവാൻ തുടങ്ങുന്നത് ഒൻപതാം അധ്യായം ആദ്യം തന്നെ ഭഗവാൻ പറയുന്നത് അർജുനം പ്രപക്ഷ്യ മനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷസേ അശുഭാൽ എല്ലാ അശുഭത്തിൽ നിന്നും നിനക്ക് ഞാൻ മോക്ഷം തരാൻ സഹായിക്കുന്ന വിദ്യ പറഞ്ഞതരാണ് ഈ വിദ്യയുടെ പേര് രാജവിദ്യ എന്താണ് സാധാരണ വിദ്യകളൊന്നും രാജവിദ്യകളല്ല ഇതെന്താ രാജവിദ്യ എന്ന് ഭഗവാൻ വിളിക്കാൻ കാരണം റോയൽ നോളജ് എന്ന് പറയും എന്താ റോയൽ നോളജ് അർത്ഥാക്കുന്നത് സാധാരണ വിദ്യകളൊന്നും റോയൽ അല്ല നടത്താം അതൊക്കെ നമ്മളെ റോ ആക്കുന്നതാണ് എന്നാൽ ഇത് നമ്മളെ റോയൽ ആക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിറഞ്ഞിരിക്കുന്ന ഗ്ലോറിയാണ് നമ്മളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു വലിയൊരു മഹത്തായ കാര്യത്തെയാണ് ഇവിടെ കാണിച്ചു തരുന്നത് സാധാരണ വിദ്യകൾ നമ്മൾ പഠിക്കുമ്പോൾ എത്രമാത്രം നമ്മളത് പഠിച്ചെടുക്കുന്നോ അപ്പോഴേ നമുക്ക് റോയൽ ആവാൻ പറ്റുള്ളൂ സപ്പോസ് യു ആർ വെരി എക്സ്പേർട്ട് ഇൻ പർട്ടിക്കുലർ ഫീൽഡ് ദൻ യു ബിക്കം എ റോയൽ അല്ലേ ഒരു ഡോക്ടർ അയാൾ അത്ര അതിൽ റിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് അയാള് സ്പെഷ്യലിസ്റ്റായി തീരുമ്പം ഹി ബിക്കം റോയൽ അതുപോലെ ഏത് മേഖലകളിലും നിങ്ങൾ റോയൽ ആവണമെങ്കിൽ നിങ്ങൾക്ക് ആ മേഖലകളിൽ നല്ലവണ്ണം പരിചയം ഉണ്ടാവണം നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ പറയാം റോയൽ ആയിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഉണ്ടാക്കിയ സാധനം ഗംഭീരായിട്ട് അപ്പൊ നിങ്ങൾ അതിൽ വളരെ എക്സ്പേർട്ട് ആകുമ്പോൾ ആ ഉണ്ടാക്കുന്ന സാധനം നന്നായി മാറും ഏത് അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ നമ്മളുടെ പ്രഭ നമ്മൾ ഏതൊരു കാര്യത്തിൽ അറിവ് നേടി അത് നമ്മൾ കൂടുതൽ നമ്മളതിൽ മനസ്സ് വെക്കുമ്പോൾ അത് നന്നായിത്തീരും അപ്പൊ നമുക്ക് പൊതുവെ ഒരു കാര്യത്തിൽ റോയൽ ആവണമെങ്കിൽ നമുക്ക് പുറമേയുള്ള പലതിനെയും ആശ്രയിക്കേണ്ടത് ഉണ്ടോ ഇല്ലയോ എന്നാൽ ഭഗവാൻ പറയുന്നു ഇവിടെ നിങ്ങൾക്ക് റോയൽ ആവണമെങ്കിൽ നിങ്ങൾ പുറമേക്കൊന്നും നോക്കേണ്ടതില്ല എവിടെ തന്നെ ഉണ്ട് നിങ്ങളുടെ റോയൽ ആക്കാനുള്ള എല്ലാ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം നിങ്ങളിലുണ്ട് ആർക്കാണ് ജീവിതത്തിൽ റോയൽ ആവാൻ പറ്റുക അല്ല നല്ല റോയൽ ആയിട്ട് ജീവിക്കണോന്നൊക്കെ പറയാറില്ലേ അടിച്ചു ഏ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നവരെ നമ്മൾ പറയും അവന്റെ ജീവിതം വളരെ റോയൽ ജീവിതാണെന്നൊക്കെ പറയാറുണ്ട് സാധാരണ ഭാഷയിൽ അപ്പൊ ഇന്ന് നമ്മള് റോയൽ എന്നൊക്കെ നല്ല കാർ ഉപയോഗിക്കണോ വേണ്ട രീതിയിൽ ഏ നല്ലവണ്ണം കറങ്ങി ജീവി നല്ല വസ്ത്രം വില കൂടിയ ധരിക്കുമ്പോൾ നമ്മൾ പറയും അടിച്ചു പൊളിച്ച് പക്ഷെ ഭഗവാൻ പറയണു ശരിക്കും ആരാണ് പറയണ ഇത് മനസ്സിലാക്കി ജീവിക്കുന്നവരാണ് അരത് മയാ തദമിതം സർവവ്യക്തമൂർത്തിന മസ്തഭൂത നാഹം തേശവസ്തി ഈ ശ്ലോകം വളരെ വളരെ പ്രധാനപ്പെട്ടൊരു ശ്ലോകമാണ് ഭഗവാൻ നമ്മൾ ഓർമ്മിപ്പിക്കാണ് ഈ അറിവ് നിങ്ങൾക്കുണ്ടാവണം ഈ അറിവാണ് നമ്മൾ റോയലാക്കുന്നത് ഏതാ റോയലാക്കുന്നത് മയാ തതമിതം സർവം സർവം മയാ തതം ഇതം എല്ലാം മയ എന്നിലാണ് നിൽക്കുന്നത് ഇതം സർവം മയ എല്ലാം എന്നിലാണ് നിൽക്കുന്നത് എങ്ങനെയുള്ള എന്നില് ഞാൻ ആരാണ് ജഗത് അവ്യക്തമൂർത്തിന എന്നെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ ഉണ്ടോ അവ്യക്തമൂർത്തി അവ്യക്തം എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റില്ല നോക്കണേ ഭഗവാൻ ജഗത്ത് അവ്യക്തം എന്ന് പറയുമ്പോഴല്ലോ ജഗത്തിനെ നിങ്ങൾക്ക് കാണാം ആരെ കാണാൻ പറ്റില്ല ഭഗവാനെ കാണാൻ പറ്റില്ല മസ്താനി സർവഭൂതാനി എന്നിലാണ് എന്റെ സ്ഥാനത്തിലാണ് എല്ലാ ഭൂതങ്ങളും എന്ന ചാഹം തേശു ഞാൻ അതിലല്ലയിരിക്കുന്നു െല്ലാം എന്നിലാണ് ഇരിക്കുന്നത് ഞാനാണ് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് ഭഗവാൻ പറയുമ്പോ നമ്മുടെ കാഴ്ചപ്പാട് മുഴുവൻ ഭഗവാൻ മാറ്റിയെടുക്കുക ഇന്ന് നമുക്കുള്ള കാഴ്ചപ്പാട് എന്താന്ന് വെച്ചാൽ സ്ഥൂലതയിൽ സൂക്ഷ്മതയിരിക്കുന്നു എന്നാണ് എന്നാൽ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത് ആ സൂക്ഷ്മതയിലാണ് എന്തിരിക്കുന്നത് സ്ഥൂലതയിരിക്കുന്നത് അത് നമുക്ക് നല്ല വിചാരം നമ്മൾ ഉറപ്പിച്ചു വെക്കണം നമ്മുടെ മനസ്സിനെ നമ്മൾ ഒരു സാക്ഷിഭാവത്തിൽ കാണാൻ പഠിക്കണം ഒരു സാക്ഷിഭാവത്തിൽ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം മാറി നിന്ന് മറ്റൊരാളുടെ പ്രവൃത്തി കാണുന്നത് പോലെ ആരെ കാണാൻ സാധിക്കണം നമ്മുടെ മനസ്സിലെ വികാര വിചാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ചിന്തകളൊന്നും നമ്മളെ ഒട്ടിപ്പിടിക്കാൻ നമ്മള് അനുവദിക്കരുത് മൈൻഡ് മീൻസ് എ ഫ്ലോട്ടിംഗ് ഐസ് ക്യൂബെന്ന് വേണെങ്കിൽ പറയാം ഇറ്റ്സ് എ ഫ്ലോട്ടിംഗ് ഐസ് ക്യൂബാണ് ഏത് ഓരോ ചിന്തകൾ എവിടെയാണത് ഫ്ലോട്ട് ചെയ്യുന്നത് മയാ തതനിതം സരുവം വെള്ളത്തിലാണോ ഭഗവാൻ പറയുന്നു ഇത് ഒഴുകുന്നത് എന്നില എന്നിലൊഴുകുന്ന ഒരു സാധനം അതാണ് മനസ്സ് ഇങ്ങനെ നമ്മുടെ ചിന്തകളെ നമ്മൾ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിന്തകൾക്കായിരിക്കുമോ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അതോ ആരിലാണിത് ഒഴുകുന്നത് അയാൾക്കാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് ആർക്കാ പ്രാധാന്യം കൊടുക്കേണ്ടത് should we give importance to the thoughts or should we give importance to the substratum of the thoughts or support vende a support nalle pradhanyam kodukannadhu pakshe unfortunately naam ittrey kalam manassineeyum manasinu manas endano kondu therunna the information adinana namme pradhanyam kodukunnadhu naam information ana pradhanyam kodutade transformation pradhanyam koduthille both are different ഇൻഫോർമേഷൻ മീൻസ് ഞാൻ നിങ്ങളെക്കുറിച്ച് കൊല്ലം ചോദിക്കണം നിങ്ങളെവിടുന്നാണ് എനിക്കെത്ര വയസ്സായി നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് നിങ്ങളുടെ കുട്ടികൾ എന്ത് ചെയ്യണോ നിങ്ങളുടെ വീട്ടിലെ ഓരോ കാര്യങ്ങളും ചോദിക്കുമ്പോൾ ഓൾ തിങ്സ് ഐ ആം കളക്ടിസ് ഇൻഫോർമേഷൻ അല്ലേ ഈ ഇൻഫോർമേഷനാണ് എന്റെ മനസ്സിൽ ഞാൻ ബണ്ടിലായി സൂക്ഷിക്കുന്നത് എല്ലാവരുടെ മനസ്സിലും കുറെ കുത്തി വെച്ചിരിക്കുന്നത് കുറെ കുറെ ഇങ്ങനെയുള്ള വിവരണങ്ങളാണ് നിങ്ങളൊരാളെ കാണുമ്പോൾ അയാളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് കാരണം നിങ്ങൾ അയാളെക്കുറിച്ച് നേരത്തെ കേട്ടുറപ്പിച്ചു വെച്ചിട്ടുണ്ട് മനസ്സിലാവുണ്ടല്ലോ ഇനി നിങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് കുറെ ഇൻഫോർമേഷൻ ഉണ്ട് നിങ്ങൾ എവിടെ ജനിച്ചു നിങ്ങൾ ആരുടെ മകള് ആരുടെ ഭാര്യ ആരുടെ വീട്ടിലുണ്ട് കുലം പണം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എന്ത് പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കുത്തി നിറച്ചിരിക്കുന്നത് ഏത് രൂപത്തിലാണ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ കളക്ടഡ് നോളജാണ് പുറമേ നിന്നും യു കളക്ടഡ് യു ഗാദേഡ് എന്നാൽ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് നോട്ട് കളക്ട് അത് ഈ നോളജ് നിങ്ങൾ കളക്ട് ചെയ്തൊക്കെ നിങ്ങളുടെ ഉള്ളിൽ അടക്കി വയ്ക്കണ്ടേ എടുത്തുവയ്ക്കേണ്ട ഒരു പെട്ടി വേണ്ട അടക്കി വയ്ക്കാൻ അത് അടക്കിവെക്കാൻ ആര് വേണം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം ഇത് എളുപ്പം മനസ്സിലാവും കമ്പ്യൂട്ടറിന്റെ അകത്ത് നിങ്ങൾ ഇൻഫർമേഷൻസ് കുട്ടികൾ സ്റ്റോർ ചെയ്യാറില്ലേ അതിന്റെ അകത്ത് ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ ചിപ്പുകളുണ്ട് അതൊക്കെ വെച്ചിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് പക്ഷെ കറണ്ട് എന്ന് പറയുന്നൊരു സാധനം ഇല്ലെങ്കിൽ ചിപ്സുകളൊക്കെ ചിപ്സുകളായി മാറും കോൾ ദ ചിപ്പ് വിൽ ബിക്കം ചിപ്സ് അല്ലേ ഇതൊക്കെ പ്രവർത്തിപ്പിക്കാൻ ആര് വേണം പ്രീഇലക്ട്രിക് പവർ വേണം ഇതുപോലെ ഈ മനസ്സിന് എല്ലാ ഡാറ്റകളും കലക്ട് ചെയ്ത് വെക്കണമെങ്കിൽ ഇതിന്റെ അകത്ത് ഏത് കറണ്ട് വേണം ുള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ഭഗവത് ചൈതന്യമാകുന്ന ആ ഭഗവത് ചൈതന്യമാകുന്ന ശക്തിയിലാണ് ഈ ചിന്തകളൊക്കെ വന്നു നിൽക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇൻഫോർമേഷന് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഏതിന് പ്രാധാന്യം കൊടുക്കണം ഈ ട്രാൻസ്ഫോർമേഷൻ നമ്മളെ നിലനിർത്തുന്ന ശക്തിക്ക് അപ്പൊ നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ കാണേണ്ടത് ഈ ചിന്തകൾ എന്ന് പറയുന്നതിനെ നിലനിർത്തുന്നത് മുഴുവൻ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ഭഗവാനാണ് അപ്പൊ ചിന്തകളൊക്കെയോ വന്നതാണ് നിലനിൽക്കുന്നതാണ് വീണ്ടും പോകുന്നതാണ് നിങ്ങൾ സ്വന്തം ജീവിതം ചിന്തിച്ചു നോക്കൂ നമ്മൾ രാവിലെ എന്തൊക്കെ ചിന്തിച്ചു അതൊക്കെ വന്നു പോയില്ലേ അപ്പൊ നമ്മളെ മറ്റൊന്ന് ചിന്തിക്കുന്നു ഇനി നമ്മളെ നിങ്ങളെ വേറെ സ്ഥലത്തേക്ക് പോയാൽ നിങ്ങളുടെ ചിന്തകൾ ഇതായിരിക്കുമോ നിങ്ങളെ ഗീതം മുഴുവൻ മറന്നിരിക്കും പിന്നെ നിങ്ങൾ വേറെ കാര്യങ്ങൾ ചോദിക്കും ഇങ്ങനെ ഒരു ചിന്ത വരുന്നു അത് പോകുന്നു ഈ വേറൊരു ചിന്ത വരണോ ഇതൊക്കെ എവിടെ വന്നു പോകുന്നു ശരീരത്തിലാണോ ഈ ബ്രെയിനിലാണോ ശരിയാണ് ബ്രെയിൻ തന്നെ വേണം ഇതൊക്കെ വരാനും പോവാനും പക്ഷെ ബ്രെയിനിന് ഇതൊക്കെ വരുത്തണമെങ്കിൽ ഈ ഡാറ്റകളൊക്കെ കലക്ട് ചെയ്യണമെങ്കിൽ ഉള്ളിൽ ആര് തന്നെ വേണം വെറും ബ്രെയിൻ മാത്രം മതിയായിരുന്നു എങ്കിൽ മരിച്ച ഡെഡ് ബോഡിയിലും ബ്രെയിനുണ്ട് ആ ബ്രെയിൻ എവിടേക്കും പോയിട്ടില്ല മരിച്ച ഒരാളുടെ തലയോടൊക്കെ പൊളിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ബ്രെയിൻ എന്ന് പറയുന്ന സാധനമുണ്ട് പക്ഷേ അതിന്റെ ഉള്ളിൽ ആര് നിൽക്കില്ല ചൈതന്യം നിൽക്ക ചൈതന്യമാണോ തോട്ട്സ് ചിന്തകൾ എന്ന് പറയുന്ന സാധനം അതിൽ നിൽക്കില്ല അതെവിടെ പോയി ചിന്തകൾ എവിടെയാണ് പോവുക രണ്ട് സ്ഥലത്തേ പോവുള്ളൂ ഒന്നുകിൽ അത് അതിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന സംസ്കാരം എന്തിനെക്കുറിച്ചാണോ അതിനനുസരിച്ചത് പോവും അതല്ല അതിന്റെ അകത്തുള്ള സംസ്കാരം മുഴുവൻ ഭഗവത് വിചാരമാണെങ്കിൽ അതെങ്ങോട്ട് ഗുണം അതാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത് എന്താ പറഞ്ഞത് ഇന്നലെ പറഞ്ഞല്ലോ ഇന്നലെ ശ്ലോകങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒൻപതാം അധ്യയ ഏഴാം എട്ടാം അധ്യായത്തിൽ ഭഗവാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ നിങ്ങൾ മറന്നുപോയി പതിനഞ്ചാമത്തെ ശ്ലോകം മാമോനർജന്മ ദുഃഖാലയ ി മഹാത്മാന സംസിദ്ധിം പരമാം ഗതാ ആബ്രഹുവലോക പുനരാവർത്തിനോർജുന മാമുപേത്യു കൗന്ദേയ പുനർജന്മന വിദ്യ മാം ഉപേത്യ എന്നിൽ കൈവരിച്ച മനസ്സിന് പുനർജന്മം ന വിദ്യതേ അവർക്കൊരിക്കലും എന്തില്ല പുനർജന്മം അപ്പൊ ചിലർക്ക് പുനർജന്മമുണ്ട് ആർക്കാ പുനർജന്മം ഉള്ളത് ഏ ഭഗവാനിലേക്ക് എത്തിച്ചേരാത്ത മനസ്സിനെല്ലാം പുനർജന്മം ഇത്രയുമല്ലോ കാര്യം നിങ്ങളൊരു ഉദ്യോഗസ്ഥയാണെന്ന് വിചാരിക്കുക ഉദ്യോഗസ്ഥനാണെന്ന് വിചാരിക്കുക നിങ്ങൾ വീട്ടിൽ നിന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങി നിങ്ങൾക്ക് കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ പോകണം എന്ന് വിളിക്കുക നിങ്ങൾ എങ്ങോട്ട് പോകും വീട്ടിലേക്ക് പോകും പച്ചക്കറി മേടിക്കാൻ പോകും പച്ചക്കറി മേടിക്കാം നിങ്ങൾക്കൊന്നും മേടിക്കാനേ ഇല്ലാന്ന് വിചാരിക്കും അപ്പൊ ചിലര് നേരെ വീട്ടിൽ പോവും ചിലര് ഒത്തിരി കറങ്ങിയിട്ടൊക്കെ വീട്ടിൽ പോകും ഈ കറങ്ങി വീട്ടിൽ പോകുന്നവരാണ് പുനരഭിജനനം അപ്പൊ നമ്മളൊക്കെ നേരിട്ട് വീട്ടിൽ പോവാത്തവരാണ് ഏത് വീട്ടിലേക്ക് ഏതൊരു വീട്ടിൽ നിന്നാണോ വന്നിരിക്കുന്നത് ആ വീട്ടിലേക്ക് പോകും നമുക്കതിന്റെ ഇടയ്ക്ക് കാഴ്ചകൾ കാണണം അവിടെ പോണം എവിടെ പോണം ഭഗവാൻ പറഞ്ഞു വന്നോളൂ പക്ഷെ ഒരു കാര്യമുണ്ട് കറങ്ങിക്കറങ്ങി എന്റെ അടുത്ത് തന്നെ ഈ പക്ഷി പക്ഷികളുണ്ടല്ലോ ആകാശത്തിൽ കറങ്ങിക്കറങ്ങി വീണ്ടും അത് കൂട്ടിൽ തിരിച്ചെത്തുന്നത് വീണ്ടും വീണ്ടും നിങ്ങൾ ആലോചിക്കണം വന്നിരിക്കുന്നത് പക്ഷെ എന്ത് പറ്റി എന്നറിയോ നമ്മുടെ സ്വഭാവം മാറിപ്പോയി നമ്മള് പച്ചക്കറി മേടിക്കാൻ പോയ ആളാണ് പക്ഷേ അടുത്ത വീട്ടിൽ കയറി അവിടുന്ന് വർത്തമാനം പറഞ്ഞിട്ട് അടുത്ത വീട്ടിൽ പോയി അവസാനം എവിടുന്നാ വന്നത് അപ്പൊ നമ്മൾ പുറപ്പെട്ട സ്ഥലം നമുക്ക് അറിയില്ല നമ്മളിരുന്ന് തപ്പ് കണ്ട ഒരു മുത്തശ്ശിയുടെ കഥ പറഞ്ഞ പോലെയാണ് മുത്തശ്ശി സൂചി മേടിക്കാൻ വേണ്ടി പോയി സന്ധിക്കാ പോയത് തിരിച്ചു വരുന്ന സമയത്ത് ഇരുട്ട് വന്നു അപ്പോഴേക്ക് സ്ട്രീറ്റ് ലൈറ്റൊക്കെ വന്നു മുത്തശ്ശി സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴെ ഇരുന്ന് തപ്പ് കണ്ട അപ്പൊരു ചെറുപ്പക്കാരൻ ആ വഴിക്ക് വരുന്നുണ്ട് മുത്തശ്ശി തപ്പുന്നത് ഇന്നും പറയേണ്ട കുട്ടി ഞാനൊരു സൂചി മേടിക്കാൻ പോയി സൂചി വീട് പോയിരുന്നു ഈ ചെറുപ്പക്കാരനും തപ്പാൻ കൂടി മുത്തശ്ശിയുടെ കൂടെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ കുട്ടി വന്നു എന്താ മുത്തശ്ശിയും ഈ ചേട്ടനും കൂടെ തപ്പുന്നത് പറഞ്ഞൊരു എന്റെ സൂചി പോയി ഈ കുട്ടി എന്നെ സഹായിക്കണമെന്ന് മുത്തശ്ശി എവിടെയാ പോയതപ്പ സൂചി സൂര്യ അപ്പുറത്താ കുട്ടി പോയത് അല്ലപ്പോ മുത്തശ്ശിന് തപ്പുന്നത് അവിടെ വെളിച്ചല്ലോ കുട്ടി വെളിച്ചം ഇവിടെയല്ലേ അതുകൊണ്ട് ഞാൻ വിളിച്ചുള്ള അടുത്ത തപ്പാണ് ഈ ജന്മം മുഴുവൻ തപ്പേ കിട്ടുവോ എവിടെയാണോ പോയത് ഇതുപോലെ നമ്മൾ എവിടെ നിന്നാണോ പുറപ്പെട്ടത് അവിടെ തിരിച്ചെത്തണം ആദ്യം അറിയണം എവിടുന്നാ പുറപ്പെട്ടത് എറണാകുളത്ത് നിന്ന് പറയരുത് എവിടുന്നാ പുറപ്പെട്ടിരിക്കുന്നത് ഇവിടെ ആര് പുറപ്പെട്ട കാര്യത്തായി ശരീരമാണോ ശരീരം പുറപ്പെട്ടതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട അത് മരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾ എവിടുന്നാ അത് നിങ്ങൾ മരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല നമ്മുടെ വീട്ടിൽ വല്ലവരും മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കത്തിക്കുമ്പോ എവിടുന്നാ പുറപ്പെട്ടത് മണ്ണിൽ നിന്നാണ് പുറപ്പെട്ടത് കാരണം ഇത് തിരിച്ചു പോകുന്നത് മണ്ണിലേക്കാണ് സംശയമുണ്ടോ കാര്യത്തില് ഇല്ലേ സ്വാമി ഞാൻ സ്വർഗത്തിൽ നിന്നാണ് വന്നതെന്ന് അങ്ങനെ ഒരാൾക്കും ഇവിടെ അവകാശപ്പെടാൻ പറ്റില്ല ഏത് ജാതിയിൽപ്പെട്ടവനായാലും മതത്തിൽപ്പെട്ടവനായാലും ഏത് രാജ്യത്തിൽ ജനിച്ചവനായാലും നീ അമേരിക്കക്കാരൊക്കെ സ്വർഗത്തിൽ നിന്ന് വന്നുകൊണ്ടോ എല്ലാവരും പോവുന്നത് മണ്ണിലേക്കാണ് അപ്പം ശരീരത്തിന്റെ കാര്യത്തെക്കുറിച്ച് എവിടെ നിന്നാ പുറപ്പെട്ടതെന്നുള്ളതിനെ വലിയ ചിന്താനൊന്നും ആവശ്യമില്ല ഉണ്ടോ പിന്നെ ഇപ്പം ചിന്തിക്കേണ്ടത് ഈ ചിന്തകൾ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് അതിപ്പം എങ്ങനെയാ അറിയ അതിപ്പെങ്ങനെ അറിയ കാരണം ശരീരത്തിന്റെ യാത്ര നമുക്ക് കാണാൻ പറ്റും ഏതിന്റെ യാത്ര കാണാൻ പറ്റില്ല ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബൈനോക്കോളർ വെച്ച് നോക്കാൻ പറ്റുമോ ഇയാളുടെ മനസ്സെങ്ങനാ പോകുന്നതെന്ന് പണ്ടൊരു സർദാർജിയുടെ കല്യാണത്തിന് അയാൾ ബൈനോക്കുലർ വെച്ചിട്ടാ കല്യാണത്തിന് വരനായിട്ട് വന്നിരിക്കുന്നത് എല്ലാവരും ചോദിച്ചെന്തിനാ സർദാർജി ബൈനോക്കുലർ ഫാർ റിലേറ്റീവ്സിനെ ക്ലോസ് ആയിട്ട് കാണാനാണെന്ന് കുറെ ബന്ധുക്കൾ ഉണ്ടാവുമല്ലോ അങ്ങനെയും കുറെ ക്ലോസ് റിലേറ്റീവ്സും ഫാർ റിലേറ്റീവ്സ് അവരെ ക്ലോസ് ആയിട്ട് കാണാനാണ് അത്രേ അയാള് ബൈനോക്കുലറായിട്ട് വന്നിരിക്കുന്നത് ഇതുപോലെ മരിച്ചുപോയ ശരീരത്തെ കാണാൻ വല്ല എക്യൂപ്മെന്റ് കൊണ്ട് സാധിക്കുവോ പിന്നെ എങ്ങനെ അറിയുന്ന നമുക്കിന്ന് മനസ്സ് എവിടുന്നാണ് വന്നത് എന്നുള്ളത് ജ്യോത്സരെ അടുത്തുപോയി അറിയാൻ പറ്റുമോ പിന്നെ ആര് പറഞ്ഞതരും ഭഗവാൻ പറയുന്നു മനസ്സെന്ന് പറയുന്ന സാധനം ചിന്തകളെന്ന് പറയുന്നത് വന്നിരിക്കുന്നത് ഒരു ചൈതന്യമുള്ള ശരീരത്തിൽ നിന്നാണെങ്കിൽ അതിന്റെ ഉറവിടവും സംശയമില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ മയാത്തതമിതം സർവം എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നത് ഞാനാണ് ഒരു സിനിമ കാണുന്ന സമയത്തുണ്ടല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീത മനസ്സിലാക്കാം ഒരു സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഗീത മനസ്സിലാക്കാം നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണോ അല്ലെങ്കിൽ നിങ്ങൾ ടി വിയിൽ സിനിമ കാണണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം കാണണോ നിങ്ങൾക്ക് ഗീത മനസ്സിലാക്കാം ഭഗവാൻ പറഞ്ഞത് എന്താ മനസ്സിലാക്കാനുള്ളത് ഏ ആ ചിത്രങ്ങളൊക്കെ വന്നു പോകുന്നത് ഒരു സ്ക്രീനിലാണ് സ്ക്രീൻ പറയാണ് മയാ തദവിധം സർവം ജഗതവ്യക്തമൂർത്തിന സർവഭൂതാനി അവിടെ സംഭവിക്കുന്ന ഓരോ സംഭവങ്ങളും സ്ക്രീനിലാണ് അവിടെ വെള്ളപ്പൊക്കമുണ്ടായിരിക്കാം സ്ക്രീൻ നനയോ തീപ്പിടുത്തമുണ്ടായിരിക്കാം ആരെ ബാധിക്കുന്നില്ല സ്ക്രീനിനെ ബാധിക്കുന്നില്ല നോക്കൂ അപ്പൊ സപ്പോർട്ട് ചെയ്യാൻ ആര് വേണം ഇതുപോലെ നിങ്ങളിൽ നിറഞ്ഞിരിക്കുന്നൊരു സ്ക്രീനാണ് ഭഗവത് അതിലാണ് നല്ല ചിന്തകളും നിങ്ങളെ ശക്തിയുള്ള ചിന്തകളും ഭയങ്കര കൊടുങ്കാറ്റ് പോലുള്ള ചിന്തകളും നിങ്ങളെ പിടിച്ചുയർത്താൻ സാധിക്കുന്ന ചിന്തകളൊക്കെ ഒരു സിനിമയിൽ വരുന്ന രംഗങ്ങൾ പോലെ എവിടെ വരുന്നുണ്ട് നമ്മുടെ മനസ്സിനെ പിടിച്ചു സാധിക്കുന്ന ജീവിതത്തെ പിടിച്ചുകൊലുക്കാൻ സാധിക്കുന്ന ചിന്തകളുണ്ട് അല്ലേ ഉണ്ടോ ഇല്ലയോ ചിലപ്പോ നിങ്ങൾക്ക് തോന്നിയില്ലേ ജീവിതം അടുത്തതായിട്ട് തോന്നിയിട്ടില്ല നിങ്ങളിതിനടുത്താളാണ് നോക്കുന്നത് ചിലപ്പോൾ ജീവിതം അടുത്തായിട്ട് ചിലപ്പോ നമുക്ക് തോന്നാറില്ല ഇങ്ങനെ ഒരു ജീവിതം മീൻ ചരാൻ എനിക്ക് തോന്നലോ ചാടികളിക്കാൻ തോന്നിയിട്ടില്ലേ അല്ല ചില സന്ദർഭങ്ങളിലൊക്കെ ജീവിതത്തിൽ ഓ എന്തൊക്കെയാണ് എനിക്ക് തന്നിരിക്കുന്നത് ഭഗവാൻ എന്നുള്ളൊരു സന്തോഷം കൊണ്ട് നമ്മൾ നമ്മളെ മറന്നുപോകും അപ്പൊ സന്തോഷം കൊണ്ട് നമ്മൾ മതിമറന്ന് ഉയരാറുണ്ട് ചിലപ്പോ ദുഃഖങ്ങളെ കൊണ്ട് താഴാറുണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യാൻ ആരുണ്ട് ഭഗവാനുണ്ട് ഭഗവാൻ പറയുന്നു എന്നിലാണിതൊക്കെ ഞാൻ അതിലല്ല അതെല്ലാം എന്നിലാണ് ആര് പറയുന്നത് പോലെ ഒരു സ്ക്രീൻ പറയുന്നത് പോലെ എന്താ പറയുന്നത് ഞാൻ സിനിമയിലല്ല സിനിമയെല്ലാം എന്നിലാണ് എന്ന് ഭഗവാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോ ചിന്തകളേക്കാൾ ശക്തി ചിന്തകളേക്കാൾ ശക്തി ആ ചിന്തകൾ വന്നു പോകുന്ന ചൈതന്യത്തിനുണ്ട് അപ്പൊ നോക്കൂ ചിന്തകൾക്ക് നമ്മളെ സ്വാധീനിക്കാൻ സാധിക്കുന്നു ചിന്തകൾക്ക് നമ്മളെ പിടിച്ചു കൊലുക്കാൻ സാധിക്കുന്നു അങ്ങനെയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഭഗവാനിലേക്ക് ഒന്ന് മനസ്സുറപ്പിക്കാൻ സാധിച്ചാൽ ഈ ചിന്തകളുടെയൊക്കെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരും അതിനെ നമ്മളെ സ്വാധീനിക്കാനുള്ള ശക്തി കുറയും നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങളാണിതൊക്കെ നിങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കൂ ചില സമയത്ത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുത്ത കാര്യങ്ങള് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയൊന്നും സീരിയസ് ആവേണ്ട കാര്യമുണ്ടായിരുന്നില്ല ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എത്ര നിങ്ങൾ ചിലപ്പോ എന്തെങ്കിലും സാധനം നഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിച്ചിരുന്ന തപ്പും ആരെങ്കിലും എടുത്തുകൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ ചീത്ത് പറയുമ്പോൾ എനിക്ക് അത്ര ഞാൻ ശ്രദ്ധിച്ച് വെച്ചതാണെന്നൊക്കെ പറഞ്ഞ ബഹളമൊക്കെ വെച്ച് പിന്നെ നോക്കുമ്പോൾ ഉണ്ടാവും അവിടെ തന്നെ അത് കിട്ടുന്ന സമയത്ത് എന്തിനാ ഞാൻ ഇത്രയൊക്കെ കോലാഹലുണ്ടാക്കിയത് എന്തിനാ ഞാൻ ഇങ്ങനെയൊക്കെ ബഹളം ഉണ്ടാക്കിയത് തോന്നാറില്ലേ ഇപ്പൊ നിങ്ങൾ ദിവസവും എനിക്ക് തോന്നണം വളരെ ശ്രദ്ധിച്ച് വെക്കുന്നൊരു സാധനം ഷാള് ബാക്കി നിങ്ങൾ എന്ത് മറന്നു പോയത് നീക്കറിയാം നല്ലത് കൊറേ ആൾക്കാർക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ആ ഇല്ലാന്നൊന്നും ധ്യാനിക്കില്ല അപ്പോ അപ്പൊ ഈ സാധനമുണ്ടല്ലോ നിക്ക് പേടി വരുന്നുണ്ട് സാധനം ഇപ്പൊ തന്നെ ഓരോരുത്തർ തപ്പാന്നിറങ്ങി അവിടുത്തെ ഇല്ലേന്നുള്ളത് അപ്പോ നമ്മള് വളരെ ഡിസ്റ്റേബ്ഡ് ആവുന്ന സാധനം അത് കിട്ടുന്ന സമയത്ത് നമുക്കത് ഇന്തിനൊക്കെ ബഹളം വെച്ചത് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ചിലരിങ്ങനെയാണ് വളരെ ടെൻഷനൊക്കെ എടുത്തിട്ട് ഒരു അമ്മ അവരുടെ മകളുടെ കല്യാണം കഴിയാത്തതിൽ ഒരുപാട് ടെൻഷൻ ആ ജോലിസിലടുത്ത് ഈ ജോലി സ്ഥലടുത്ത് അങ്ങനെ ഒരിക്കലും സപ്താഹം കേൾക്കാൻ വന്നിട്ട് എന്നോട് പറഞ്ഞു സ്വാമി മകളുടെ കല്യാണം നടക്കുന്നില്ല മുപ്പത് വയസ്സായി സ്വാമി സഹായിക്കണം എന്ന് നമ്മൾ എന്നെ ഈ കാര്യത്തില് ഉറപ്പായിട്ട് അല്ലേ സ്വാമി അതല്ല ഉദ്ദേശിച്ചത് എങ്ങനെയെങ്കിലും മകളുടെ കല്യാണം നടക്കാൻ സ്വാമി ഒന്ന് പ്രാർത്ഥിക്കണം അതാക്കണം ഇതാക്കണം പ്രത്യേകിച്ചും വല്ലതും ചെയ്യാണ്ട് ചരട് കെട്ടാനുണ്ടോ എന്ന് അതൊക്കെയാണ് അവർക്കറിയുന്നത് അങ്ങനെ ടെൻഷൻ എടുക്കാതിരിക്കുക ഞാൻ വളരെ ഒരു മനസ്സിൽ അപ്പം തോന്നിയത് പറഞ്ഞു നോക്കൂ ഭഗവാൻ നല്ലൊരാളെ നോക്കി വെക്കുന്നുണ്ട് നിങ്ങളെന്തിനും ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് നിങ്ങൾ ടെൻഷൻ അടിക്കുന്തോറും ഭഗവാൻ വിചാരിക്കും നിങ്ങൾ നടത്തിക്കോളൂ പാഞ്ചാലിയുടെ കഥ ഞാൻ പറഞ്ഞോളു സാരി അടിച്ചു മാറ്റുന്ന സമയത്ത് പാഞ്ചാലി സാരിയൊക്കെ പിടിച്ചു എന്നിട്ടാണ് പാഞ്ചാലി വിളിക്കുന്നത് എന്റെ ദ്വാരക നാഥാ കൃഷ്ണിച്ചത് നിനക്ക് നിന്റെ സാരി പിടിക്കാൻ പറ്റുന്നുണ്ട് നീ പിടിച്ചോ ഞാനെന്തിന് വരണം പിന്നെയാണ് പാഞ്ചാലിക്ക് മനസ്സിലായത് എന്റെ സ്വന്തം കഴിവുകൊണ്ട് എന്റെ മാനം രക്ഷിക്കാൻ എനിക്ക് സാധ്യല്ല ആ സമയത്ത് ആ വന്നതും പാഞ്ചാലി വസ്ത്രം പോയാലും കുഴപ്പമില്ല ഇതാണ് എന്റെ നിയോഗം എന്നുണ്ടെങ്കിൽ സംഭവിക്കട്ടെ കൈ രണ്ടും വെച്ചുകൊണ്ട് പിന്നീട് എന്റെ ഹൃദയശ്വരാന്ന് വിളിക്കുകയാണ് ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സമർപ്പിച്ചാൽ ഹി വിൽ ടേക്ക് അവർക്കത് ക്ലിക്ക് ചെയ്തു എന്ന് പറയുന്നത് അവരാ മനസ്സിനെ കൂടെ പരിപൂർണമായി വിട്ട് ഒരു മൂന്ന് മാസം കൊണ്ട് കല്യാണം നടന്നു അവർ പ്രതീക്ഷിച്ചതിൽ അപ്പുറം ഒരു വലിയൊരു നല്ലൊരു പാർട്ടിയൊക്കെ കിട്ടി എന്നിട്ട് പിന്നെ അവർ വീണ്ടും എന്നടുത്ത് വന്നത് ഞാൻ എന്തിനാണ് ഇത്രയും ടെൻഷൻ അടിച്ചത് എനിക്ക് മനസ്സിലായില്ല അപ്പൊ നോക്കൂ നമ്മൾ വെറുതെ ടെൻഷൻ അടച്ച് ഒരു കാര്യത്തെക്കുറിച്ച് അസ്വസ്ഥരായി പിന്നെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇത്രയൊന്നും കോലാഹലം വെക്കേണ്ട കാര്യമില്ല പക്ഷെ അത് തിരിച്ചറിയുമ്പോഴേക്കും സമയം കുറെ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി വയ്ക്കൂ എത്ര നിങ്ങളൊരു കാര്യത്തിൽ ടെൻഷൻ അടിക്കുന്നുണ്ടോ ടെൻഷൻ എടുക്കുന്നുണ്ടോ അത്ര ആ കാര്യം പ്രൊലോങ് പോകും അത് സത്യമാണത് എത്ര നിങ്ങൾ അത് വിട്ടുകൊടുക്കുന്നുണ്ടോ അത്ര എളുപ്പത്തിൽ ആ കാര്യം ആരിലൂടെങ്കിലും നടത്തും അതൊരു വലിയ സത്യമാണത് പരമാർത്ഥമാണ് ഭഗവാൻ എന്ന് പറയുന്നുണ്ടല്ലോ അപ്രോപ്രീറ്റ് ലൈവിൽ അപ്രോപ്രിയീറ്റ് കാര്യം നടത്തും അത് അപ്രോപ്രിയറ്റ് വ്യക്തികളെ കൊണ്ട് നടത്തിക്കും അതെങ്ങനെ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെയാണത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്സിഡന്റിൽ എന്ന് പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോഡ് ഗിഫ്റ്റ് എന്ന് പറയാം അല്ലെങ്കിൽ ഗോഡ് ബ്ലെസ്സിംഗ് എന്ന് പറയാം ഏത് ആംഗിളിൽ നിങ്ങൾ നോക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം മനസ്സിലായില്ലേ അപ്രോപ്രിയ ടൈമിൽ നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളെ ആരെ സഹായിക്കാനുണ്ടാവില്ല നിങ്ങൾ അത്രയും സറണ്ടർ ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർ പേഴ്സണെ ഭഗവാൻ അവിടെ എത്തിച്ചേരും അയാളിലൂടെ ആ കാര്യങ്ങൾ നടത്തിയിരിക്കുക ആരാ എന്താണെന്ന് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല നടന്നു നടന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിഞ്ഞാൽ ഇതാണ് സത്യം അതുകൊണ്ട് ഇതൊരു വലിയ സത്യമാണ് നമ്മൾ കഴിയുന്നത്ര ടെൻഷൻ ആർക്ക് വിട്ടുകൊടുത്തിരിക്കുക ഭഗവാൻ ഭഗവാന്റെ ടെൻഷൻ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ചിലരങ്ങനെയുണ്ട് കൃഷ ഓർത്തോ ഞാൻ എത്ര വഴിപാടുകൾ ചെയ്തിട്ടുണ്ടെന്നറിയോ ഇന്ന് അമ്പലത്തിൽ വരുന്ന ആൾ നടത്തി തന്നില്ലെങ്കിൽ പിന്നെന്റെ സ്വഭാവം മാറൂട്ടോ അങ്ങനെ കൃഷ്ണന് വിട്ടുകൊടുക്കുക എന്ന് പറയാനൊക്കെ അങ്ങനെയല്ല അതിനർത്ഥം നാം അത് ആ വിട്ടുകൊടുക്കാൻ മനസ്സിൽ നിന്ന് ആ ചിന്തകളിൽ നിന്നും മുക്തമാണ് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട് ഭഗവാൻ നടത്തും ഭഗവാന്റെ നിയോഗമാണ് ഈ ശ്രദ്ധയുണ്ടല്ലോ ഇതാണ് പലപ്പോഴും അമ്പലങ്ങളിലും സംഭവിക്കുന്നത് ചില ആളുകൾ പറയാറുണ്ട് സ്വാമി നിങ്ങൾ പറയണോ അമ്പലത്തിൽ ദൈവല്യ എന്നൊക്കെ പക്ഷെ ചില ക്ഷേത്രങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലതൊക്കെ നടക്കുന്നുണ്ടല്ലോ ചില ആളുകൾ പറയും എന്റെ കുട്ടിയുടെ കല്യാണം എത്ര കാലം ഞാൻ നോക്കിയിരുന്നതാണ് പക്ഷെ ആ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചതും അതവിടെ നടന്നു പിന്നെ നിങ്ങൾ ക്ഷേത്രത്തിൽ ദൈവല്യാന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക പക്ഷെ വാസ്തവത്തിൽ അവർ മനസ്സിലാക്കുന്നതിൽ എന്താ സംഭവിക്കുന്നതെന്ന് അവരാ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് അവർക്ക് ആ കാര്യം നടക്കുന്നുള്ളൊരു ഒരു ഉറപ്പ് വരികയാണ് വിശ്വാസമല്ല ഒരു ഒരു കോൺഫിഡൻസ് വരികയാണ് ഇത് ഭഗവാൻ നടത്തി തീരുന്നത് ഈ കോൺഫിഡൻസിൽ അവരുടെ ടെൻഷൻ പോയി ആ ടെൻഷൻ പോയതോട് കൂടിയിട്ട് കാര്യം നടന്നു വാസ്തവത്തിൽ ദൈവമല്ല നടത്തി നടത്തിയത് മുഴുവൻ ഇവരുടെ ആ ഒരു ടെൻഷൻ പോയതോടു കൂടിയിട്ടുള്ള ബ്ലെസ്സിംഗ് ആണ് അത് മനസ്സിലാവുന്നുണ്ടല്ലോ ഇന്ന് ഭൂരിപക്ഷം ആളുകൾക്ക് അത് ഇല്ലാത്തതിന് കാരണം അവർക്ക് ഒരു ദൈവത്തിൽ ഒരു ഉറപ്പില്ല കൃഷ്ണന്റെ അടുത്തൊന്ന് രാവിലെ പറയും അത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവർ അടുത്ത ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടി ഒരു തമാശ പറയാറുണ്ട് ഒരാളെ ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് വന്നു ബോംബെന്നാവട്ടെ ഗുരുവായൂരപ്പന്റെ അടുത്ത് വന്നു ഗുരുവായൂരപ്പൻ തിരക്കിലായിരുന്നു കാരണം ശിവേലി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഗുരുവായൂരപ്പന ഇയാളുടെ കാര്യം അറ്റൻഡ് ചെയ്യാന്നൊക്കെ വിചാരിച്ച് പുറത്തു വന്ന് നോക്കുമ്പോണ്ട് പാർട്ടി പോയിരിക്കുന്നു അടുത്ത അമ്പലത്തിലേക്ക് ഭഗവാൻ നോക്കി ഓ പോയതും മമ്മിയൂരപ്പന്റെ അടുത്തേക്ക് കാരണം മമ്മിയൂർ കൂടി തൊഴുതാലല്ലേ പൂർണാവുള്ളൂ അപ്പൊ ഗുരുവായൂരപ്പൻ മമ്മിയൂരപ്പനെ വിളിച്ചു മമ്മിയൂരപ്പ എന്റെ ഒരു ഡിവോട്ടി വന്നിട്ടുണ്ട് പാവം കുറെ ദൂരേന്നാണ് വന്നത് ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ട് ഞാനൊന്ന് പരിഹരിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചപ്പോഴേക്കും ആളെന്റെ കയ്യിൽ നിന്ന് പേഷ്യന്റ് മുങ്ങിപ്പോയി ഇപ്പം രോഗി എവിടെയുണ്ട് അങ്ങയുടെ കയ്യിലുണ്ട് ഒന്ന് ക്ലിയർ ആക്കി കൊണ്ടു എന്നാ മമ്മിയൂരപ്പം വിചാരിച്ചു ഗുരുവായൂരപ്പൻ റഫർ ചെയ്ത കേസല്ലേ എന്ന് അദ്ദേഹം അതൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാൻ നോക്കുമ്പോഴേക്കും മമ്മിയൂരപ്പൻ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഗുരുവായൂരപ്പ പേഷ്യന്റ് എന്റെ അടുത്ത് നിന്ന് പോയിരുന്നു എവിടെ എത്തി പാർത്ഥസാരഥിയിലെത്തിയിട്ടുണ്ടെന്ന് ഇതൊന്ന് നേരെയൊക്കെ കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും പിന്നെ പാർത്ഥസാരഥി ഭഗവാനെ വിളിച്ചിട്ട് നോക്കി നമ്മള് രണ്ടുപേരും ഒന്നല്ലേ പാവം ദൂരേന്ന് വന്നതാണ് കുറെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ട് എല്ലാ മാസവും അറ്റൻഡ് ചെയ്ത് വരുന്നതാണ് അതും ഒത്തിരി അകത്ത രണ്ട് മുപ്പതാം തീയതി വന്ന് ഒന്നാം തീയതി പോവും എന്നാലും കുഴപ്പമില്ല എന്നെ കണ്ട പൊടിയിട്ടാലും ഒന്ന് പാർത്ഥസാരഥി ഭഗവാനെ ഒന്ന് ഒന്ന് വിട്ടുകൊടുത്തേക്ക് പാവം ഗുരുവായൂരപ്പൻ വിട്ട കേസല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് നോക്കുമ്പോണ്ട് ആളവിടുന്ന് തൃപ്പയാറിലെത്തിയിരിക്കണം കാരണം ഒറ്റ ദിവസം കൊണ്ട് ഫുൾ കവർ ചെയ്തിട്ട് വേണം പോവാനേ ഇതൊക്കെ കച്ച ഔട്ടോ ഒന്നിലും ഒരു ഉറപ്പില്ല പിന്നിങ്ങനെ കാര്യം നടക്കുക അതുകൊണ്ടാണ് ശ്രദ്ധ ആവാൻ ലപതി ജ്ഞാനം ആർക്കാണ് കിട്ടുന്നത് ഒന്നിലും ശ്രദ്ധ എല്ലാം കൂടി ഒരു ചാടി പിടിക്കേണ്ട ആവശ്യം ഇത് സദ്യ കഴിക്കലല്ല സദ്യക്ക് ഒരുപാട് വിഭവങ്ങളൊക്കെ വേണം കാരണം എന്നാലേ നമുക്ക് കുറച്ച് പൊടി കൂടുമ്പം എരിവിനോട് ടേസ്റ്റ് വരും എരിവ് കൂടുമ്പോ നമുക്ക് വേറൊന്നിനോട് ടേസ്റ്റ് തോന്നും അപ്പൊ എല്ലാം കൂടിയാകുമ്പം അധികം ചോറ് പോകുന്നത് അറിയില്ല ഈ ഇഞ്ചിപ്പുളി പായസത്തിന് കൊടുക്കുന്നത് പോലെയാണ് പായസം കഴിക്കുമ്പം ഇഞ്ചിപ്പുളി കഴിക്കുന്നതെന്ന് വെച്ചാൽ ആ മധുരം ഇങ്ങനെ നാവിൽ തട്ടുമ്പോ ഒരു ലഹരി പോലെ ഒരു മടുപ്പ് തോന്നും ആ മടുപ്പ് വരാതിരിക്കാനാണ് ഇഞ്ചിപ്പുളി ആ ഇഞ്ചിപ്പുളിയുടെ ആ പുളി വരുമ്പോണ്ടല്ലോ വീണ്ടും മധുരം കഴിക്കാനൊരു ആർത്തി വരും വാസ്തവത്തിൽ ദ്രോഹമാണ് ഈ ചെയ്യുന്നതൊക്കെ ഈ ചിലപ്പോണ്ടല്ലോ നമ്മൾ നന്മ എന്ന് പറയുന്ന ദ്രോഹാണ് അതുപോലെ ചിലര് മരിക്കുന്ന സമയത്ത് വെള്ളം കൊടുക്കുന്നുണ്ടല്ലോ എത്ര ആദരവോടുകൂടിയിട്ടാണ് പറയാ എന്റെ അമ്മ മരിക്കുമ്പോൾ ഞാൻ തന്നെ ചെന്ന് ഗംഗാ വെള്ളം വാസ്തവത്തിൽ നേരെ വിപരീത കാര്യം ഇവര് ശ്വാസം കിട്ടാതെ കിടന്ന് പെടയുകയാണ് അപ്പോഴാണ് വായിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഒരാള് ശ്വാസം കിട്ടാതെ കടന്ന് പെടയുന്ന സമയത്ത് ഇത്തിരി വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ കുറച്ച് വെള്ളം കൊടുക്കും ബ്ലോക്കായി പോയി കഴുത്തി വെള്ളം അകത്തി എന്നിട്ട് ശ്വാസം പുറത്തു വരാൻ പറ്റും അതെ ആള് ബ്ലോക്കായി പോയി ഞാൻ വെള്ളം കൊടുത്തതും അമ്മ മരിച്ചു എന്നാണ് മരിക്കാണ്ടിരിക്കോ ശ്വാസം അത് കഷ്ടപ്പെടുന്ന ഒരാള് അയാളുടെ വയ്യിലേക്ക് വെള്ളം കുടിക്കും എനിക്ക് തോന്നാറ് ഇതിൽ നല്ല പുട്ടുംപൊടി എടുത്ത് കൊടുക്കുക നല്ലത് ബ്ലോക്ക് ആക്കാൻ വേറെ ഒന്നും വേണ്ട അപ്പൊ ഇതൊട്ട് നമ്മൾ എത്ര ആദരവോട് കൂടിട്ടാ പറയണ അറിയോ എത്ര ബഹുമാനം ഓ എന്റെ അമ്മ അങ്ങനെ കഷ്ടപ്പെട്ടു ശ്വാസം ഇങ്ങനെ മരിക്കുമ്പോ ഞാൻ ഗംഗയിലെ വെള്ളം കണ്ട് കൊടുത്തു എന്നാണ് ആ വെള്ളം കൊടുത്തതോടുകൂടി പണ്ടൊരാള് പണ്ടൊരുപാട് സുഹൃത്തിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലില് അപ്പൊ ഇയാള് ഐ സിയു കിടക്കുക അപ്പൊ സുഹൃത്ത് ഇങ്ങനെ കൈയോട് കാണിച്ചു ഇദ്ദേഹം വിചാരിച്ചു വില്ല് എഴുതി വെക്കാനാവുന്ന മരിക്കുന്ന സമയത്ത് ചിലർക്ക് ഇങ്ങനെ വില്ല് എഴുതാൻ തോന്നുന്നല്ലോ അപ്പൊ ഇദ്ദേഹം പേപ്പറും എന്നെ കടുത്തു കൊടുത്തു ഇയാളെന്തോ എഴുതി അതയാൾ പോക്കറ്റിലിട്ട് സുഹൃത്ത് വേഗം വാങ്ങിച്ചിട്ട് എന്നിട്ട് അപ്പോഴേക്കും മറ്റേ സുഹൃത്ത് സ്ഥലനായി പോയി അദ്ദേഹത്തിന്റെ ക്രിമേഷനൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞു നിങ്ങളുടെ ഭർത്താവ് മരിക്കുന്ന സമയത്ത് അവസാനം എനിക്കാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം എഴുതി തന്നതെന്ന് അപ്പൊ ഭാര്യ ചോദിച്ചു എന്ന തരൂ എന്താ എന്റെ ഭർത്താവിന്റെ അവസാനത്തെ വാക്കുകൾ ഞാൻ നോക്കട്ടെ അത് വായിച്ചു നോക്കിയപ്പോൾ എന്താണ് സുഹൃത്തിനോട് എഴുതിയിരിക്കുകയാണ് ഓക്സിജൻ ട്യൂബിന്റെ മോളിൽ കാലെടുത്ത് വേണം ഇയാൾക്ക് ഓക്സിജൻ ചീവ് കൊടുത്തിട്ടുണ്ട് അതിനെ പോലുള്ള കാലു വെച്ചിട്ടാ പറ്റോ നിൽക്കുന്നത് പാവം വർത്തമാനം പറയാൻ പറ്റില്ലേ കാരണം വാങ്ങയിലൊക്കെ അത് വെച്ചിരിക്കല്ലേ കാലെടുത്ത് മാറ്റുമെന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇയാളുടെ വിചാരം വില്ലെഴുതാൻ പോവാതാണ് ആലോചിച്ച് നോക്കും ഇതുപോലെ നമ്മള് നല്ലത് ചെയ്യുന്നത് ചിലപ്പം ചീത്തയായി മാറും നമുക്കറിയില്ലേ എന്താ വാസ്തവന്ന് അതുകൊണ്ട് മനസ്സിലാക്കൂ ജീവിതത്തിന്റെ ഒരു വലിയ രഹസ്യം മനസ്സ് നാം ശ്രദ്ധിക്കാതെ ജീവിച്ചാൽ മനസ്സിനെ ശ്രദ്ധിക്കാതെ ജീവിച്ചാൽ അതിന്റെ ചിന്തകൾക്ക് നമ്മളെ തളർത്താനും തകർക്കാനും സാധിക്കും നാം ഒരു കാര്യത്തെക്കുറിച്ച് എത്ര ടെൻഷൻ എടുക്കുന്നോ അത്ര ആ കാര്യം നടക്കാതിരിക്കും അതാണതിന്റെ രഹസ്യം നിങ്ങളതിനെക്കുറിച്ച് എത്ര നിങ്ങളത് ഭഗവാന് വിട്ടുകൊടുത്തിട്ട് ഭഗവാൻ നിശ്ചയിച്ച പോലെ അത് നടക്കും എന്ന് നിങ്ങൾ വിട്ടുകൊടുക്കുന്നോ അതത്ര ഭംഗിയിൽ നടന്നിരിക്കും ടെൻഷൻ അടിക്കുന്നതോടെ നിങ്ങളുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വരുന്നു നിങ്ങളൊന്ന് ടെൻഷൻ എടുത്തിട്ടെന്ന് ഭക്ഷണം വെച്ച് നോക്കൂ എന്തായിരിക്കും അവസ്ഥ പായസത്തിൽ മധുരം കൂടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കറിയിൽ ഉപ്പ് കൂടിയിട്ടുണ്ടാവും മുളക് കൂടിയിട്ടുണ്ടാവും എനിക്ക് അപ്പോഴേ തോന്നി അത് ടെൻഷൻ എടുത്ത് ചെയ്യേണ്ടിയില്ലായിരുന്നു കൂടുതൽ നമ്മളെ ടെൻഷൻ എടുക്കുന്നതാണ് കൂടുതൽ കേടുവരുന്നത് ആണോ എന്നാൽ നിങ്ങൾ ഇത്തിരി റിലാക്സ്ഡ് ആണെങ്കിലോ ആ കാര്യങ്ങൾ ചെയ്യുന്നത് മുഴുവൻ ഭംഗിയായിരുന്നു ഉണ്ടോ ഇല്ലയോ നിങ്ങളെ സ്വന്തം ജീവിതം എടുത്ത് നോക്കൂ അതുകൊണ്ടായിരിക്കാം ഭഗവാൻ പറയുന്നത് ഈ ബോധം നിങ്ങൾക്ക് വേണം എന്താണ് ചിന്തകളെക്കാൾ ശക്തി ആർക്കൊണ്ട് ചിന്തകളേക്കാൾ ശക്തി ചിന്തകളെ ശ്രീ ഒരു ബിൽഡിങ്ങിനേക്കാൾ ശക്തി ആ ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കണം ഇതുപോലെ ചിന്തകളാകുന്ന ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷനാണ് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമെങ്കിൽ ഏറ്റവും കൂടുതൽ ശക്തി ചൈതന്യത്തിന് തന്നെയാണ് പക്ഷെ ഇന്ന് നമ്മളോടത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇന്ന് നമ്മള് ചിന്തകളുടെ തലത്തിലാണ് നിൽക്കുന്നത് ചിന്തകളിലും അല്ല നിൽക്കുന്നത് ചിന്തകളുടെ കണ്ടന്റിലാണ് നിൽക്കുന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യത്തിലാണ് ഉദാഹരണത്തിന് നിങ്ങളെ കഴുതാന്ന് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരാളെ നിങ്ങളെ കഴുതാന്ന് വിളിക്കുകയാണ് ആ സമയത്തുണ്ടല്ലോ നിങ്ങൾ ആ വാക്കുകൾ എന്താണ് ആ ഒരു ശബ്ദത്തിലല്ല നിൽക്കുന്നത് നിങ്ങൾ ആ ശബ്ദത്തിന്റെ പിന്നിലുള്ള അർത്ഥത്തിലേക്ക് ഇറങ്ങിച്ചെന്നു ഞാനൊരു കഴുതയാവുന്നു അപ്പൊ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു വിഷമം തോന്നി അയാളോട് വെറുപ്പ് തോന്നി ഒരെട്ട മിനിറ്റ് കൊണ്ടെല്ലാം സംഭവിച്ചു കഴിഞ്ഞു വേറെ മറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഷയിലാണ് ചീത്ത വിളിക്കുന്നെങ്കിലോ നിങ്ങളെ ഗുജറാത്തി ഭാഷയിൽ നാളെ ചീത്ത വിളിച്ചു ആയിരിക്കുക നിങ്ങക്ക് വല്ല വിഷമമുണ്ടോ എന്തുകൊണ്ടില്ല നിനക്കതറിയില്ല അപ്പൊ നോക്കൂ നിങ്ങളെ ശബ്ദമല്ല തളർത്തിയത് കഴുത എന്നുള്ളത് നിങ്ങൾ ഗുജറാത്തി ഭാഷയിൽ വിളിച്ചാലും നിനക്കൊരു വിഷമവും ഇല്ല കാരണം നിനക്ക് ആ അതുകൊണ്ട് അതിന്റെ അർത്ഥം നിങ്ങൾ മനസ് ശ്രദ്ധിക്കുന്നില്ല നേരെ നമ്മൾ അറിയുന്ന ഭാഷയിലാണെങ്കിൽ അതിന് അർത്ഥം ഗ്രഹിച്ചു ആ അർത്ഥം നമ്മളെ സ്വാധീനിക്കാൻ തുടങ്ങി ഇങ്ങനെ നമ്മൾ നമ്മളറിയാതെ തന്നെ സിനിമ കാണുന്ന സമയത്ത് സിനിമയുടെ കഥയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പോലെ സിനിമയാണെന്നുള്ള ബോധം വിട്ട് അതൊരു യഥാർത്ഥ കഥയാണെന്ന് ചിന്തിക്കുന്ന പോലെ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളുടെ പിന്നിലുള്ള അർത്ഥങ്ങളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങിച്ചെല്ലുകയാണ് അപ്പൊ നമുക്ക് തോന്നുകയാണ് എന്റെ ജീവിതം ഇങ്ങനെയായിരിക്കും എന്റെ ജീവിതം ഇങ്ങനെയായിരിക്കും ഒരാളെന്തെങ്കിലും പറഞ്ഞാൽ എനിക്കിങ്ങനെയൊക്കെയായിരിക്കും അനുഭവം ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ ചിന്തിക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സ് നമ്മളെ തളർത്തിയിട്ടുണ്ടാവും നേരെ പറ നമ്മൾ ചിന്തിക്കുകയാണ് ഈ ഇതൊക്കെ ഒരു ചിന്തകളാണ് അതിനെ നിങ്ങൾ ചിന്തകളായി മാത്രമേ കാണുന്നുള്ളൂ എങ്കിലോ ഇതെല്ലാം ആകമാനോ ഇത് വന്നതാണ് ഇത് നിലനിന്നാലും കുറച്ചു കഴിഞ്ഞാൽ പോകുന്നതാണ് ഇതിനേക്കാളൊക്കെ ശക്തി ഏതിനുണ്ട് ഇതിനെ നിലനിർത്തുന്ന ചൈതന്യത്തിനുണ്ട് അതിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിക്കാൻ സാധിച്ചാൽ ഈ ചിന്തകളുടെ പിടിയിൽ നിന്ന് നമുക്ക് വേണമെങ്കിലും പുറത്തു കടക്കാം ശരിയാണോ മനസ്സിലാവുണ്ടോ നിങ്ങക്ക് ഇതൊക്കെ പറയാൻ എളുപ്പമാണ് നമ്മൾ ഈ രാവിലെ മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന എന്താണെന്നു വെച്ചാൽ നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ ക്രമേണ ക്രമേണ ആരിലേക്ക് കൊണ്ടുവരികയാണ് ഭഗവാനല്ലേ നിങ്ങൾ കയ്യുയർത്തുമ്പോൾ വേദനിക്കുന്നില്ലേ എന്തുകൊണ്ടാണ് വേദനിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സത്ര പിടിച്ചു വെച്ചിരിക്കുകയാണ് ശരീരത്തെ ആ ശരീരത്തിൽ എത്ര മനസ്സ് പിടിച്ചു വെച്ചിരിക്കണോ അത്ര അവർക്ക് ശരീരം വേദനയായിട്ട് തോന്നും ഇത് നിങ്ങൾ റെഗുലർലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ മനസ്സിങ്ങനെ ലൂസാവാൻ തുടങ്ങും മനസ്സ് ലൂസാകുന്തോറും മനസ്സ് ലൂസാകും തോറും ശരീരവുമായിട്ടുള്ള അപ്പിടുത്തം കുറയാൻ തുടങ്ങും അങ്ങനെ നമ്മൾ ഒരു റിലാക്സേഷനിലേക്ക് വരുമ്പോഴല്ലോ ആ മനസ്സിനെ എവിടേക്ക് തിരിക്കാൻ പറ്റും ഭഗവാനിലേക്ക് അതുകൊണ്ടാണ് ഈ യോഗയൊക്കെ ചെയ്തിട്ട് ആളുകൾ പ്രാണായാമം യോഗയൊക്കെ ചെയ്യുന്നത് അപ്പൊ ഈ ശരീരവുമായിട്ടുള്ള മനസ്സിന്റെ ബന്ധം ഏർപ്പെടുത്തണം ആ മനസ്സിനെ ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിപ്പിക്കണം ക്രമേണ അതിൽ ഉറപ്പിക്കണം പിന്നീട് അതിലേക്ക് ലയിപ്പിക്കണം അപ്പോഴാണ് നമ്മൾ വന്നിടത്തേക്ക് തിരിച്ചെത്തുള്ളൂ ഇതൊരു എളുപ്പമായിട്ടുള്ള യാത്രയൊന്നല്ല കഠോപനിഷത്തിൽ പറയും ക്ഷുരസ്യതാരാ നിശിതാതുരത്തെയ ദുർഗം പതസ്ഥൽ കവയോവതന്തി കവയോ എന്ന് പറഞ്ഞാൽ മുൻപ് പോയിട്ടുള്ളവർ പറയുന്നത് ദുർഗം അത്ര എളുപ്പമൊന്നും നല്ലത് ഏതുപോലെയാണ് മൂർച്ചയുള്ള ഒരു വാളിന്റെ മുകളിലൂടെ നടക്കുന്ന പോലെ എപ്പോ വേണമെങ്കിലും താഴേക്ക് വീഴാം ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ കാലം മുറിഞ്ഞു പോവാം ഋഷിമാർ വാക്കുകൾ അതായത് നമ്മൾ റെഗുലർലി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ശ്രദ്ധയോടെ നമ്മൾ കൊണ്ടുവന്നാൽ ഒരുപക്ഷെ ക്രമേണ ക്രമേണ നമ്മുടെ മനസ്സിനെ നമുക്ക് ഈ ശരീരബോധത്തിൽ നിന്നും ഏർപ്പെടുത്താൻ സാധിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയുന്നു അതുകൊണ്ട് പറയാണ് ഇത് നല്ലവണ്ണം ഉറപ്പിക്കണം എന്താണ് മയാ തതമിതം സർവം ജഗതവ്യക്തമൂർത്തിന മസ്താനി സർവഭൂതാനി നാഹംസ്തി ഞാൻ അതിലല്ല അത് എന്നിലാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥം ചിന്തകളെല്ലാം എന്നിലാണ് ഞാൻ ഒരിക്കലും ചിന്തകളിലല്ല ഒരു ബിൽഡിംഗ് ആ ബിൽഡിങ്ങിനെ നോക്കിക്കൊണ്ട് ഫൌണ്ടേഷൻ പറയുകയാണ് ഞാൻ ബിൽഡിങ്ങിലല്ല ബിൽഡിംഗ് എന്നിലാണ് ബിൽഡിംഗ് ഇല്ലെങ്കിലും ആർക്ക് നിലനിൽപ്പുണ്ട് ഫൌണ്ടേഷന് നിലനിൽപ്പുണ്ട് എന്നാൽ ബിൽഡിങ്ങിന് നിലനിൽക്കാൻ ആര് വേണം ഫൌണ്ടേഷൻ വേണം തോന്നുന്നത് ഒരു നാലഞ്ച് വർഷം മുമ്പ് ഒരു ഫ്ളാറ്റൊക്കെ ഗംഭീരായി കെട്ടി ജനങ്ങൾക്കൊക്കെ കൊടുത്ത് അപ്പൊ ഒരാൾക്ക് തോന്നി അയാൾക്ക് ഗ്രൌണ്ട് ഈ താഴെ കാർ പാർക്കിംഗ് സ്ഥലം അയാൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അയാൾക്ക് തോന്നി ഒന്നുകൂടി വിസ്തരിച്ച് ഒരു മുറി അവിടെ ഉണ്ടാക്കാന്ന് കാർ പാർക്കിംഗ് നിൽക്കുന്നത് നടത്തുക അയാൾ എന്ത് ചെയ്തു പിന്നെ തട്ടി കൊടുത്തിരിക്കുന്നത് എന്തായിരിക്കും അവസ്ഥ എന്തായിരിക്കും അവസ്ഥ കിടക്കുന്നത് താഴെ മെയിൻ സപ്പോർട്ടിനെ പിടിച്ചിട്ടാണ് അയാളെ ഇളക്കിക്കളഞ്ഞത് അത്ര ബുദ്ധി ഉണ്ടായിരുന്നു അവർക്ക് ഇതുപോലെ പില്ലറ് പോയാൽ അടിതെറ്റിയാൽ ആനയും വീഴും അതുകൊണ്ടിതൊക്കെ നല്ലവണ്ണം ഉറപ്പിച്ചു വയ്ക്കും എന്നിട്ട് ഭഗവാൻ പറയുന്നു യഥാകാശോ നിത്യം വായു സർവത്ര ഗോമഹാൻ തഥാ സരിവാണി ഭൂതാനി ീത്യുപാര എത്ര നല്ലൊരുദാഹരണം നോക്കൂ ഭഗവാൻ പറയുന്നത് യഥാ ആകാശസ്ഥിതോ വായു എന്താ പറഞ്ഞത് ആകാശത്തിൽ എപ്രകാരമാണോ വായു അപ്പൊ ഇവിടെ വായു ആയിട്ട് ആരെയാണ് താരതമ്യം ചെയ്തിരിക്കുന്നത് ദ വായു ഈസ് എന്താണ് ഈക്വല ടു നമ്മുടെ ചിന്തകളായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ ചിന്തകളാകുന്ന വായു നിൽക്കുന്നത് ആകാശമായിരിക്കുന്ന ചൈതന്യത്തിലാണ് അതുകൊണ്ട് ചൈതന്യത്തിനൊരു പേരുണ്ട് ചിതാകാശം എന്താ പേര് ശിവന്റെ ഒരു പേരാണ് ചിദംബരൻ ഇങ്ങനെയൊക്കെയുള്ള പേരുകളൊക്കെ വന്നത് അങ്ങനെയാണ് ചിദംബരേശൻ ചിത് അമ്പരമായിരിക്കുന്നവൻ ചിത് വസ്ത്രമായിരിക്കുന്നവൻ ആകാശം എന്നാണ് അർത്ഥം അപ്പൊ ആകാശത്തിന് തുടക്കവുമില്ല അവസാനവുമില്ല ആരംഭവും അവസാനവുമില്ലാത്ത ഒന്നാണ് ഏത് ആകാശം അതുപോലെ തന്നെ ചൈതന്യത്തിനും ജനനവുമില്ല മരണവുമില്ല അതിലാണ് വായുവിനെ പോലെ ആര് പോകുന്നത് ചിന്തകൾ വന്നു പോകുന്നത് അപ്പോ വളരെ ശ്രദ്ധിക്കെ നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു ചെറിയൊരംശം മാത്രമാണ് ഈ ചിന്തകൾ വെരി യു ലുക്ക് ഇൻ ടു യുവർ പേഴ്സണാലിറ്റി ആ പെർസെപ്റ്റീവ് നമ്മൾ എത്രയോ വിടുത്തുണ്ട് നമ്മുടെ പേഴ്സണാലിറ്റിക്ക് ആകാശത്തിൽ ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് വായു വന്നു പോകുന്നത് ആകാശത്തിൽ ശൂന്യാകാശമുണ്ടോ ഉണ്ടോ ഇല്ലയോ അവിടെ വായുണ്ടോ അപ്പൊ ആകാശത്തെ സംബന്ധിച്ച് വായു എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ അതിന്റെ ഫുൾ ഡെപ്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിടുത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ചെറിയൊരംശം വായുവന്നു പോകുന്നത് ഇതുപോലെ നമ്മുടെ പേഴ്സണാലിറ്റിയിലും ഈ ചിന്തകൾ എന്ന് പറയുന്നത് ചെറിയൊരംശം മാത്രമാണ് പക്ഷേ ചെറുതിന്ന് നമ്മൾ പ്രാധാന്യം കൊടുത്ത് പ്രാധാന്യം കൊടുത്ത് ഓവർ അറ്റൻഡ് ചെയ്ത് അത് നമുക്കിന്നൊരു വലിയൊരു കാര്യമായി നിങ്ങളൊരു പട്ടിയെ വളർത്തുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ പട്ടി എന്ന് പറയുന്നത് ചെറിയൊരു സാധനം മാത്രമാണ് അല്ലെ നിങ്ങളുടെ വീടിന്റെ കാര്യം നോക്കുമ്പോൾ പട്ടിയൊരു ചെറിയൊരു ഘടകം മാത്രമാണ് പക്ഷേ നിങ്ങൾ അതിനെ അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് അറ്റൻഡ് ചെയ്ത് മക്കളെക്കാളും വലുത് ആരായി മാറും ചില വീട്ടിൽ കണ്ടില്ലെങ്കിൽ നിങ്ങൾ പട്ടി അവിടുത്തെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമായി മാറും പിന്നെ പട്ടി രാവിലെ തന്നെ ഷെയ്ഖണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നം അവരോട് ചിരിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നം പട്ടി അവർ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ പ്രശ്നം അവരുടെ മടിയിൽ കയറി ഇരുന്നിട്ടില്ലെങ്കിൽ പ്രശ്നം ഒരു ഉമ്മ കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നം അവസാന ക്രമേണ ക്രമേണ പാവം അങ്കിളായി മാറ ആരായി മാറും പട്ടിയുടെ അച്ഛനായി മാറും രാജു വേറി സിയർ പപ്പ പട്ടിയോടെ കാണാലോ നിങ്ങൾക്ക് ചില വീടുകളിലൊക്കെ ആ പട്ടി ചെറിയൊരു സാധനം ഒരു വലിയൊരു ഘടകമായി പട്ടി മരിച്ചിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അത്ര സ്വാധീനിച്ചിട്ട് എത്ര മാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പട്ടി മരിച്ചിട്ട് സ്ലീപ്പിംഗ് ടാബ്ലറ്റ് കഴിച്ചൊരു ഫാമിലി എനിക്കറിയാം അപ്പൊ അതിനോട് അടുപ്പം വന്ന് അടുപ്പം വന്ന് ഇങ്ങനെയൊക്കെയാണ് ഒരു സാധനം ചെറിയൊരു ഘടകം വീട്ടിൽ വരുന്നു പിന്നെ അതിന് പ്രാധാന്യം കൊടുത്ത് പ്രാധാന്യം കൊടുത്ത് ചില വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ പട്ടിയെ വളർത്തുന്ന വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് വീട്ടുകാരെക്കോളം കൂടുതൽ പറയാനുണ്ടാവുക ഒരു വീട്ടിൽ അങ്കളും പട്ടിയെ കൊണ്ട് രാവിലെ നടക്കാനിറങ്ങി അങ്ങനെ എന്തിനു പട്ടിയും അങ്ങളെയും കാണാനില്ല രണ്ടുപേരും മുങ്ങി പട്ടി രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചെത്തി അങ്ങൾ വന്നില്ല ഈ ആന്റി എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു ഭർത്താവിന്റെ പേര് പേര് ടോമി എന്നാണ് ഭർത്താവിന്റെ പേരാണ് ജോയിസ് ഓ ഭർത്താവിന്റെ പേര് ശേഖരൻ എന്നാണെന്ന് പിന്നെ നിങ്ങളെന്താ ടോമി എന്ന് പറഞ്ഞത് വളർത്തുന്ന പട്ടിയുടെ പേരാണ് കളറ് വെളുപ്പും കറപ്പും കൂടി ചേർന്നതാണ് ആരുടെ കളർ ടോമിയുടെ കളർ എന്ത് ചോദിച്ചാലും ഇവരാദ്യം ടോമിയാണ് പറയാം ക്രമേണ ക്രമേണ ഇവർക്ക് മനസ്സിലായി ഇവർക്ക് ഭർത്താവിനേക്കാളും കൂടുതൽ പ്രിയം ടോമിയാണെന്ന് അപ്പോൾ പറഞ്ഞു ഒരു കാര്യം ജീവ് ടോമിയുടെ രണ്ടു ദിവസം കഴിഞ്ഞാൽ മറ്റേ ടോമി എത്തിക്കോളൂന്ന് കാരണം ഇവർ ടോമിന്റെ അത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇവർ ജീവിക്കുന്നത് അങ്ങനെ അതിന് പ്രാധാന്യം കൊടുത്ത പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചെറിയ സാധനം നമ്മളെ സ്വാധീനിക്കും നോക്കൂ ഭരതൻ കാട്ടിൽ തപസ്സിയാൻ പോയത് ഈശ്വരനെ പ്രാധാന്യം കൊടുക്കാനാണ് പക്ഷേ അദ്ദേഹം മാനിനെ പ്രാധാന്യം കൊടുത്തു അത് അതിനെ അദ്ദേഹത്തിന് സ്വാധീനിച്ചു പറയാം ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങൾക്ക് എത്രയോ വ്യാപ്തിയും എത്രയോ ഡെപ്തും വിടുത്തുമുണ്ട് അതിലൊരു ചെറിയ അംശം മാത്രമാണ് ചിന്തകൾ എന്ന് ആ ചിന്തകൾക്ക് നിങ്ങൾ അറ്റൻഷൻ കൊടുക്കുമ്പോ നിങ്ങൾ നിങ്ങളുടെ മഹത്വം മറന്നു പോകുന്നു മഹതോ വിനഷ്ടിയാണ് മഹത്തായതിനെ നിങ്ങൾ മറന്നു പോകുന്നു ചെറുതിന് പ്രാധാന്യം കൊടുക്കുന്നു ഒരു വൈറ്റ് പേപ്പറില് നമ്മളൊരു ഡോട്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ കൂടുതൽ പതിയുന്നത് ആ ടോട്ടലാണ് ഏത് വിട്ടുപോകുന്നു അതിനെ കൂടുതൽ വൈറ്റായിട്ടുള്ള ഭാഗം നമ്മൾ വിട്ടുപോകുന്നു പറയാണ് ഇതാണ് ജീവിതത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് ഉൾക്കൊള്ളൂ നമ്മൾ നമ്മുടെ ചിന്തകളൊക്കെ ഭഗവാൻ പറയുന്നു ഏതുപോലെയാണ് ആകാശത്തിൽ വന്നു പോകുന്ന വായുവിനെ പോലെയാണ് ആകാശത്തിനെ സംബന്ധിച്ച് വായുണ്ടെങ്കിലും ആകാശമുണ്ട് ശൂന്യാകാശത്തിൽ വായുവില്ല പക്ഷെ ആരുണ്ട് ആകാശമുണ്ട് വായുണ്ടെങ്കിലും ആകാശമുണ്ട് ഇതുപോലെ ചിന്തകൾ ഉണ്ടെങ്കിലും ഭഗവത് ചൈതന്യമുണ്ട് ചിന്തകളില്ലെങ്കിലും ഭഗവത് ചൈതന്യം ഉണ്ട് അപ്പൊ ആ ചിന്തകളുടെ നമ്മൾ ആരിലേക്ക് കൊണ്ടുവരണം ഭഗവാൻ എന്ന് ഉറപ്പിക്കണം ഭഗവാനാണല്ലോ ഇതൊക്കെ നിലനിർത്തുന്നത് അങ്ങനെ നമ്മുടെ ഐഡന്റിറ്റി നമ്മുടെ കൂടുതൽ കൂടുതൽ അടുപ്പം ഭഗവാനിലേക്ക് നമ്മൾ കൊണ്ടുവരണം ഇപ്രകാരം പറഞ്ഞിട്ട് പറഞ്ഞു അതുകൊണ്ട് ഭഗവാൻ പറയുകയാണ് ചം താമാണി നിബന്ധിതയാദാസീനവദാസീനം അസക്തം തേശു കർമ്മസു ഭഗവാൻ പറയുന്നു മാം കർമാണി നബന്ധന്തി ഒരു കർമ്മ സംസ്കാരവും എന്നെ ബന്ധിക്കുന്നില്ല അത് ചെറുതിനൊരിക്കലും വലുതിനെ ബന്ധിക്കാൻ സാധ്യല്ല സാധിക്കുമോ ഒരു പട്ടിക്കൊരു മനുഷ്യനെ ബന്ധിക്കാൻ പറ്റുമോ ഒരു മനുഷ്യനൊരു പട്ടിയെ ബന്ധിക്കാൻ പറ്റൂ എന്നാൽ പട്ടിക്കൊരിക്കലും മനുഷ്യനെ ബന്ധിക്കാൻ പറ്റില്ല പട്ടിയെ വളർത്തുന്ന കർമ്മം ഒരാളെ ഒരിക്കലും ബന്ധിക്കാൻ പോകുന്നില്ല പക്ഷേ അയാളുടെ മനസ്സ് മുഴുവനാ പട്ടിയിലേക്ക് അയാളെ കഴിഞ്ഞാൽ എത്രയോ നിസ്സാരനായ പട്ടിക്ക് എത്രയോ ശക്തനായ ഒരു മനുഷ്യനെ സാധിക്കും വാസ്തവത്തിൽ പട്ടി ബന്ധിച്ചിട്ടുണ്ടോ പട്ടിക്ക് ബന്ധിക്കാൻ സാധിക്കുമോ പിന്നെ ഇങ്ങനെ അതൊക്കെ സംഭവിച്ചത് നമ്മുടെ മനസ്സിനെ നമ്മൾ അതിലേക്ക് അങ്ങനെ വിട്ടുകൊടുക്കുമ്പോ നമ്മൾ അറിയുന്നില്ല അത് നമ്മളെ കയറി ബന്ധിക്കുന്നത് ഇങ്ങനെയല്ലേ നമ്മൾ ഓരോ ദുരന്തങ്ങൾ ഉണ്ടാക്കി നിങ്ങളെ പേരക്കുട്ടികൾ ബന്ധിക്കുന്നുണ്ടോ ഉണ്ടോ പക്ഷെ നിങ്ങൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അതിന് കൂടുതൽ കൂടുതൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല പിന്നെ അത് പറയും അമ്മഅമ്മ അമ്മ അമ്മമ്മെന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടക്കും അല്ലെങ്കിൽ മുത്തച്ഛൻ മുത്തശ്ശൻ പിന്നെ ബന്ധിക്കാൻ പോകൂല്ല മുത്തശ്ശനറിയാൻ ഒത്തിരി ബുദ്ധിയില്ല മുത്തശ്ശനത് കുറച്ച് മാറി നിൽക്കും കാരണം ഇതിന് തലയിലെടുത്താൽ തലവേദന ഈ മാറും എന്നുള്ളത് അറിയാം കൂടുതൽ അതിനെ അറ്റൻഡ് ചെയ്യാൻ പോകില്ല എന്നൊക്കെ പറയുമ്പോഴേക്ക് അതിന് മനസ്സിലാവും ഇന്നൊരു പട്ടാളകാരനാണെന്ന് അടുത്തേക്ക് പോകില്ല എന്നാലും അമ്മമ്മയല്ല അപ്പൂ കുട്ട മോനോ എന്നൊക്കെ പറഞ്ഞ് അതിനെ കൊഞ്ചിച്ചോ കൊഞ്ചിച്ചോ വഷളാക്കി പിന്നെ അതൊരു ദിവസം പിടിച്ചു പിന്നെ വിടാൻ സമ്മതിക്കില്ല തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഫോൺ ചെയ്യാൻ തുടങ്ങും പിന്നെ ഭാഗവതം വായിക്കുമ്പോഴാവും കൊച്ചുമോന്റെ ഫോണാ എന്താ ചെയ്യ നിവൃത്തിയില്ല ശ്രദ്ധ പോയി എളുപ്പമൊന്നുമല്ല ഈ മനസ്സെന്ന് പറയുന്ന സാധനം നിങ്ങളേതിലേക്കതിനെ വിട്ടുകൊടുത്തുവോ അതായിരിക്കും പിന്നീട് നമ്മളെ സ്വാധീനിച്ചു പിടിക്കുന്നത് ഭഗവാൻ പറയുന്നു വാസ്തവത്തിൽ ഒരു കർമ്മങ്ങൾക്കും നിങ്ങളെ പിടികൂടാൻ സാധ്യത അപ്പൊ ഭഗവാൻ പറയുന്നതൊക്കെ ശ്രദ്ധിക്കരുതെന്നാണോ അവിടെയാണ് നമുക്ക് വിവേകം വേണ്ടത് നാം അതിൽ അറ്റൻഡ് ചെയ്യും വേണം ശ്രദ്ധ തിരിക്കണം കൂർമ്മവും അത് മറന്നു പോകരുത് സി ഇവരൊന്നുമല്ല നമ്മളെ ബന്ധിക്കുന്നത് ബന്ധിക്കുന്നത് നമ്മുടെ തെറ്റായ സമീപനമാണ് ആറ്റിറ്റ്യൂഡാണ് നമ്മളതിൽ ഇൻവോൾവ് ചെയ്യും വേണം അതിൽ നിന്ന് വിടാനുള്ള ഒരു കഴിവ് നമ്മൾ നേടി ഇത്രയും വേണ്ടു കുട്ടിയെ താലോലിക്കുന്ന അതേ മനസ്സുകൊണ്ട് ഇന്റൻസിറ്റിയിൽ നമ്മൾ ആരിലേക്ക് തിരിഞ്ഞിരിക്കണം ഭഗവാൻ അത് നമുക്ക് പറ്റുന്നില്ലയ പറയാം നമ്മൾ കുട്ടിയെ താലോലിക്കുന്ന ഇന്റൻസിറ്റി ഉണ്ടല്ലോ ധ്യാനിക്കുന്ന സമയത്ത് കൃഷ്ണനെ ഓർക്കുന്നതിന് പകരം വരുന്നത് വേറെക്കുട്ടിയുടെ മുഖ അതാണ് നോക്കൂ അപ്പൊ അത് നമ്മളെ സ്വാധീനിച്ചു കളഞ്ഞു അതുകൊണ്ടായിരിക്കാം ഭഗവാൻ പറയുന്നത് എന്നെ ഒരു കർമ്മങ്ങളും വന്ദിക്കുന്നില്ല ഉദാസീനം ഉദാസീനം എന്താ ഉദാസീനം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൽ നിന്നും ഉത് ആസീനം എന്നുവെച്ചാൽ ഉയർന്നിരിക്കണം എങ്ങനെയാണോ അമ്മായിയമ്മ മുകളിലും മരുമകൾ താവി അമ്മായിമ്മയ്ക്കൊരു സംശയം മരുമകൾക്ക് എത്ര താഴ്ച എന്നുള്ളത് മരുമകളോട് ഞാൻ കട്ടിലിന്റെ മുകളിൽ ഇരുന്നാ നീ അവിടെ ഇരിക്കുന്ന ഒളൊരു ചേറിന്റെ മുകളിലിരിക്കും ഞാൻ ചേറിന്റെ മുകളിൽ ഇരുന്നാൽ നീ എവിടെയിരിക്കും ഞാൻ സ്റ്റൂളിന്റെ മുകളിലിരിക്കും ഞാൻ സ്റ്റൂളിന്റെ മുകളിൽ ഇരുന്നാൽ നീ എവിടെയിരിക്കും ഏ ഞാൻ താഴെ പലകയുടെ മുകളിൽ ഇരിക്കും ഞാൻ പലകയുടെ മുകളിൽ ഇരുന്നാൽ എവിടെയിരിക്കും താഴെ ഇരിക്കും ഞാൻ താഴെ ഇരുന്നാൽ എവിടെയിരിക്കും ഇനി മരുമകൾ എവിടെയിരിക്കാൻ നോക്കണല്ലോ അവിടെ ഞാൻ ഒരു കുഴി കൊത്തിയിട്ട് അവിടെ ഇരിക്കുന്നു അപ്പൊ ഇത്ര വിനയം എന്റെ മരുമകൾക്കോ ഇങ്ങനെ ഒരു മരുമകളെ കിട്ടാൻ തന്നെ പ്രയാസം കാരണം എത്ര വിനയമാണ് അവൾക്ക് എം എസ് സിയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും വിനയം കൂടി ഉണ്ടല്ലോ കൂടി ഞാൻ കുഴിയിലിരുന്ന ആൾ അവിടെ എവിടെയിരിക്കുക അവസാന ഒരു പരീക്ഷണം കൂടി ചെയ്യാണ് ഞാൻ കുഴിയിലിരുന്ന മോളെവിടെ ഇരിക്കും ഞാൻ മണ്ണിട്ട് മൂട് വന്നിരുന്നു ഒരു വലിയൊരു ശല്യം തീർന്നു പിന്നെ അതല്ല പിന്നെ ചെയ്യാൻ പിന്നെ മൂടില് എന്ത് ചെയ്യല്ലോ ഇതാണ് സത്യം അപ്പം ഇങ്ങനെ നമ്മള് ഉദാസീനം എന്ന് പറയാൻ മറ്റുള്ളവരുടെ മുകളിൽ ഇരിക്കുക നല്ല അർത്ഥം ം പറയലല്ല എല്ലാത്തിൽ നിന്നും അതിൽ ചേരുകയും പദാസീനം അതിന്റെ കൂടെ പോവുകയും വേണം ശ്രദ്ധ തിരിക്കുകയും ഇത്രയും വേണ്ടോ എത്ര ഇന്റൻസിറ്റിയിൽ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അത്ര തീവ്രത ഏതിലേക്ക് തിരിയാനും വേണം ഭഗവാനിലേക്ക് അത് നമ്മൾ പരിശീലിച്ചെടുത്തു നമ്മുടെ ജീവിതത്തിന് ബാലൻസായി ലോകത്തിലേക്കും തിരിയാം നിങ്ങക്ക് ലൗകികനുമാവാം നിങ്ങൊരു ആധ്യാത്മികനുമാവാം നിങ്ങൾക്ക് പ്രവൃത്തിയിലും നിങ്ങൾക്ക് പ്രവൃത്തിയും സാധിക്കും നിവൃത്തിയും സാധിക്കും ഇത് ഭഗവാൻ നമുക്ക് കാണിച്ചു തരികയാണ് എന്നിട്ട് ഭഗവാൻ പറയുന്നു അർജുന അതുകൊണ്ട് നീ എന്തു വേണം മനസ്സിലാക്കൂ മയാണ പ്രകൃതി േയ ജഗദ്വിപരിവർത്തതേ എത്ര ഗംഭീരമാണ് ഈ പ്രസ്താവന മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം എന്റെ അധ്യക്ഷതയിലാണ് പ്രകൃതി സൂയതേ പ്രസവിക്കുന്നത് സചര അചരം ചരത്തെയും അചരത്തെയും ഒരു അമ്മ ഗർഭിണിയെ പ്രസവിക്കണമെങ്കിൽ ഒരു അച്ഛന്റെ ബീജം വേണം എന്റെ അധ്യക്ഷതയിൽ ഗർഭത്തിൽ വീരം അണ്ടാവുമായി ചേർന്ന് കുട്ടി വരുന്നത് പോലെ ഒന്ന് എന്ന് പറയുന്നത് പോലെ പറയുന്നു എന്റെ അധ്യക്ഷതയിലാണ് മനസ്സാകുന്ന ഗർഭത്തിൽ ചിന്തകളാകുന്ന കുട്ടികൾ വന്ന് ഈ പ്രപഞ്ചം വികസിച്ച് വരുന്നത് അപ്പൊ ഭഗവാനാകുന്നൊരു ചൈതന്യം അതിൽ നിൽക്കുന്നൊരു മനസ്സാകുന്ന ഗർഭം അതിലാണ് ഈ ചിന്തകളാകുന്ന രൂപങ്ങളൊക്കെ വന്ന് പോകുന്നത് എന്റെ അധ്യക്ഷതയില്ലെങ്കിൽ മനസ്സിന് യാതൊന്നും ഗർഭം ധരിക്കാൻ സാധ്യല്ല ഇതൊക്കെ വളരെ വളരെ രസകരമാണ് ഈ ചിന്തകളൊക്കെ നമ്മള് സാധാരണ എന്റെ മഹത്വം കൊണ്ട് ഞാനിത് ചെയ്യുന്നു എന്നാ പറയുക ഇറ്റ്സ് ഐ ദിസ് വർക്ക് ഇത് ഞാനാണ് ചെയ്തതെന്ന് നമ്മൾ ഈ ഞാനെന്ന് പറയുമ്പോഴല്ലോ സോൾ കൺസേൺഡ് വിത്ത് അവർ തോട്ട്സ് വെന്യു സെ ഐ ഹ് ഡൺ ദീസ് പറഞ്ഞു ഈ ഐ വരുന്ന ഓൺലി വെൻ യു ഗെറ്റ് എപ്പ് നിങ്ങൾ എണീക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് ഞാൻ എന്ന് പറയാൻ പറ്റില്ലേ പറ്റുമോ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു എപ്പോഴാണ് നിങ്ങൾ വന്നിരുന്നത് ഉണർന്നു വന്നതിന് ശേഷം അപ്പൊ ഉണർന്നു വന്നത് ചിന്തകളാണ് ചിന്തകൾ വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് ഞാൻ എന്ന് പറയാൻ സാധിച്ചത് നിങ്ങൾക്ക് ഞാൻ എന്ന് പോലും പറയണമെങ്കിൽ ചിന്തകൾ ഉണരണമെങ്കിൽ ആ ചിന്തകളെ ഉണർത്താൻ ഒരു ശക്തി വേണ്ടേ അതാരും ഉണർത്തി ഭഗവാൻ പറയുന്നു മയാധ്യക്ഷേണ പ്രകൃതി സൂയതാചരം എന്റെ അധ്യക്ഷതയില്ലെങ്കിൽ മനസ്സിനൊരിക്കലും ഉണരാൻ സാധ്യല്ല നാം മനസ്സിനെ ഉണർത്തിയ ശക്തി അല്ല കാണുന്നത് മനസ്സുണർന്നു വന്നതിന് ശേഷമുള്ള ഞാൻ എന്ന് പറയുന്നൊരു ശക്തിയുടെ മഹത്വം നമ്മൾ കാണണം ഈ മനസ്സിന് വല്ലതും ചിന്തിക്കണമെങ്കിൽ ഓർത്തുവെക്കണമെങ്കിൽ ഒക്കെ എന്റെ മിടുക്കുകൊണ്ടൊന്നും സാധ്യമല്ല ഉണ്ടോ എല്ലാം ആ ഭഗവാന്റെ ഒരു അനന്തൊരു കാരുണ്യം അനന്തൊരു എന്താണ് വാത്സല്യം നമ്മളോടൊക്കെ ഉള്ളൊരു ശക്തി എന്താണ് പറയ അരുണ്യം തന്നെ അത് ഉള്ളത് കൊണ്ടാണ് നോക്കൂ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ എത്ര വേഗം മറന്നു അതൊക്കെ അവിടെ അടുക്കി വെച്ച് അതിനൊക്കെ ഓർമ്മയിൽ സൂക്ഷിച്ചു വെച്ച് അതൊക്കെ വേണ്ട സമയത്ത് വേണ്ടതുപോലെ നമുക്ക് പ്രകടിപ്പിച്ച് പ്രകാശിപ്പിച്ച് തരണ്ടേ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഉണ്ടല്ലോ നിങ്ങൾ ചെയ്യുന്നത് ഓർമ്മശക്തിയുടെ ഫലത്തിലാണ് ആണോ അല്ലയോ അപ്പൊ നിങ്ങളുടെ ഓരോ സാധനങ്ങൾ എവിടെയാ വെച്ചത് എവിടെ ഇരിക്കുന്നത് നിങ്ങടെ പൈസ എവിടെ വെച്ചിരിക്കണോ നിങ്ങൾ ഓരോ സാധനങ്ങൾ എവിടെയാ വെച്ചിരിക്കണോ നിങ്ങളുടെ സാധനങ്ങൾ പെട്ടിയിൽ ഓരോന്ന് വെച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ എവിടെയാണ് നിങ്ങളുടെ നിൽക്കുന്നത് നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ആ കാര്യം ഓർമ്മയിൽ പ്രകാശിച്ചിട്ടില്ലെങ്കിൽ പിന്നെ സാധനം അവിടെ ഉണ്ടായിട്ട് കാര്യമുണ്ടോ കർണന് എല്ലാ അറിവുകളും ഉണ്ടായിരുന്നെങ്കിലും വേണ്ട സമയത്ത് വേണ്ട അസ്ത്രങ്ങൾ ഉപയോഗിക്കാനുള്ള ഓർമ്മ ശക്തി ഉണ്ടായില്ല എന്തുണ്ട് കാര്യമുണ്ട് എല്ലാം ഉണ്ടായിട്ട് ആ ഓർമ്മശക്തി തെളിയിപ്പിച്ചു തരണ്ടേ പ്രകടിപ്പിച്ചു തരണ്ടേ ഇതാരുടെ അദ്ധ്യക്ഷതയിലാണ് ഭഗവാന്റെ അധ്യക്ഷതയിലാണ് ഇതൊക്കെ പറയുമ്പോൾ എന്താ ഇതിനൊക്കെ അർത്ഥം നമ്മൾ മാക്സിമം നമ്മുടെ മനസ്സിനെ ഭഗവാനിലേക്ക് സമർപ്പിക്കും തോറും മൈൻഡ് റിലാക്സ് ചെയ്യാൻ തുടങ്ങും മൈൻഡ് റിലാക്സ് ചെയ്യാൻ തുടങ്ങും തോറും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരും നമ്മൾ കൂടുതൽ ടെൻഷൻ അടിക്കുമ്പോഴാണ് എവിടെയാണ് എന്താ വെച്ചത് ഒക്കെ മറന്നു പോകുന്നത് അപ്പൊ എന്റെ ഇതൊക്കെ നടക്കുന്നത് ഹേതു നാനേന കൗന്ദേയ ജഗത് വിപരി ഈ കാര്യങ്ങൾക്കൊക്കെ പിന്നിലുള്ള ഹേതു കാരണം ഞാനാണ് അനേന കാരണം അഹമേവ ഞാൻ തന്നെയാണ് കാരണം ഞാനില്ലെങ്കിൽ ഇതിനൊന്നും ഉയരാനോ ഉണരാനോ പ്രവർത്തിക്കാനോ സാധ്യല്ല നിങ്ങളുടെ മനസ്സ് ഉണരുന്നതും ഉണർന്ന് പ്രവർത്തിക്കുന്നതും ഉറങ്ങുന്നതും ഒക്കെ ആരുടെ സാന്നിധ്യത്തിലാണ് ഭഗവാന്റെ സാന്നിധ്യത്തിലാണെന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ എന്തിനാ ഇങ്ങനെ പറയുന്നത് ആവർത്തിച്ച് അതായത് നമ്മുടെ ശ്രദ്ധ ആരിലേക്ക് തിരിയണം എന്തിനാണ് തിരിയണത് മനസ്സിന്റെ ശ്രദ്ധ അങ്ങോട്ട് തിരിയും തോറും മനസ്സ് ക്രമേണ ക്രമേണ അതിൽ ശാന്തമായി അതിൽ ജയിക്കാൻ തുടങ്ങും അപ്പൊ നമ്മൾ വന്നിടത്തേക്ക് നമുക്ക് തിരിച്ചറിയാം നമ്മുടെ ശക്തിയും പ്രഭാവവും കൂടിക്കൂടി കൂടി വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇന്ന് നമ്മുടെ ശക്തിയും പ്രഭാവവും കുറയാൻ കാരണം നാം ഭഗവാനേക്കാൾ കൂടുതൽ ശ്രദ്ധ വെച്ചിരിക്കുന്നത് വന്നു ചിന്തകളിലാണ് അത് നമ്മളെ സ്വാധീനിക്കുന്നു അപ്പൊ ചെറിയ ചിന്തകളുടെ ശേഖരമാണ് വലിയൊരു വ്യക്തിത്വത്തെ സ്വാധീനിച്ചിരിക്കുന്നത് ഒരു ആനയെ ഒരു മനുഷ്യൻ ബന്ധിക്കുന്നത് പോലെ പതിന്മടങ്ങ് ശക്തിയുള്ള ആനയെ ആ ആനയ്ക്കതിന്റെ ശക്തി മനസ്സിലാകാതെ ജീവിക്കുമ്പോൾ ഒരു മനുഷ്യൻ ബന്ധിക്കുന്നത് ഒരു പട്ടുനൂൽ പുഴു ഉള്ളിൽ നിന്നും വരുന്ന നൂല് അതിനെ ബന്ധിക്കുന്ന പോലെ നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന ചെറിയൊരംശമായ നൂല് നൂലാകുന്ന ചിന്തകൾ നമ്മുടെ വ്യക്തിത്വത്തെ മുഴുവൻ എട്ട് കറക്കിക്കളയുന്നു ഒരു എട്ടുകാലിയെപ്പോലെ ജീവിക്കുന്നതെന്ന് പറയും എന്താ എട്ടുകാലിയുടെ പ്രത്യേകത അതുണ്ടാക്കുന്ന വലയിൽ അതൊരിക്കലും കുരുങ്ങില്ല എന്ന് മാത്രമല്ല തന്നിൽ നിന്നും വരുന്ന വലയെ തന്നിലേക്ക് തന്നെ ലയിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട് ഇതുപോലെ നമ്മളിൽ നിന്നും വന്നിരിക്കുന്ന ചിന്തകളെ നമ്മളിൽ തന്നെ ലയിപ്പിക്കാൻ ഈശ്വരനിൽ തന്നെ ലയിപ്പിക്കാൻ നമുക്ക് കഴിവുണ്ട് എന്ന് പറയുകയാണ് അതുകൊണ്ട് എട്ടുകാലി ഊർണോങ്കാനീവ ഈ ഊർണനാഭി എന്ന് പറയുന്നതിനെ ഇരുപത്തിനാല് ഗുരുക്കന്മാരെ പറയുമ്പം ശ്രീമൽ ഭാഗവതത്തിലെ ഒരു ഗുരുവാണ് ഊർണനാഭി നോക്കൂ നിങ്ങൾ ഭാഗവതത്തിൽ പൂർണ നാബിയെ പഠിക്കാൻ പറയും എന്തിനാ ഊർണനാഭിയെക്കുറിച്ച് പഠിക്കാൻ പറയുന്നത് എട്ടുകാലിയുടെ പ്രത്യേകത അതിൽ നിന്ന് വലയുണ്ടാവും ചില സമയത്ത് വീട്ടിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തൊക്കെയാണ് സാധനത്തില് എട്ടുകാലി തൂങ്ങി നിൽക്കുന്നുണ്ടാവും നിങ്ങൾ അതിനെ എടുക്കും തോറും എട്ടുകാലി പിടിച്ചു പിടിച്ചു കയറും കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും തൂങ്ങാൻ തുടങ്ങും ഈ നൂലെവിടേക്കാണ് പോകുന്നത് ഈ മാജിക്കുകാരുണ്ടല്ലോ മാജിക്ക് കാണിക്കുന്നു ഒന്നായിട്ട് വായിലേക്കിട്ട് വീണ്ടും അവർ വലിച്ചെടുക്കും പക്ഷെ അവർക്കൊരു പ്രത്യേകത വായിൽ നിന്ന് പുറത്തിട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് വായിലിടാൻ പറയും അവരോട് ഈ മാജിക്കുകാര് മാജിക്കുക കാണിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ലേ വായിലോട് എങ്ങനെ വലിച്ചെടുക്കുന്നത് ഒന്നുകൂടി അവരോട് വായിലിടാൻ പറയും അതവര് ചെയ്യില്ല കാരണം പിന്നെ അവർക്കറിയാം വയലിട്ട് ശരിയായ വലിയ അത് അത് അങ്ങനെ ഒരു അത് വെച്ചിരിക്കുന്നത് നോക്കൂ ഇങ്ങനെ മനുഷ്യ മനസ്സിന് ഏതൊരു നിന്നാണോ വന്നത് ആ ചൈതന്യത്തിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ളൊരു കഴിവുണ്ട് പക്ഷെ ആ കഴിവ് നമ്മൾ നേടിയെടുക്കണമെങ്കിൽ അതിന്റെ ശ്രദ്ധ ആ ചൈതന്യത്തിലേക്ക് തിരികെ വേണം അതായിരിക്കാം ഭഗവാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് മയാധ്യക്ഷേന പ്രകൃതി സൂയതയ സജരാചരം ഹേതുനാനേന കൗന്തേയ ജഗത് ഇനി അടുത്ത ശ്ലോകം വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ശ്ലോകമാണ് അവജാനന്ദിമാ ുഷിം തനുമാശ്രിതം പരം ഭാവമജാനന്ത മമഭൂതമഹേശ്വരം അവജാനി എന്നെ ജാനി മനസ്സിലാക്കുന്നു ആര് മനസ്സിലാക്കുന്നു മൂഢ അരാണ് മൂഢന്മാര് ഭഗവാൻ അവരെ മൂഢന്നാണ് വിളിക്കുന്നത് അവരെങ്ങനെയാ മനസ്സിലാക്കുന്നത് മാനുഷ്യും തനും ആശ്രിതം മനുഷ്യന്റെ ശരീരമെടുത്തവരായി വെടുത്തവനായി എന്നെ കണക്കാക്കുന്നു അപ്പൊ കേവലം എന്നെ ഒരു മനുഷ്യരൂപത്തിൽ കാണുന്നവരൊക്കെ മൂടന്മാരാണ് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അമ്പലത്തിൽ പോയിട്ട് എങ്ങനെ ഉണ്ടാവും അപ്പൊ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറി കാരണം നമ്മൾ അത്ര ഉറപ്പിച്ചു ദൈവം ഇടയിരിക്കണോ കല്ലിലിരിക്കണോ പിന്നെ നമ്മളെ മുന്നിലിരിക്കുന്നവരെ ഇട്ടിച്ചു മാറ്റി മുന്നോട്ട് ചെല്ലുമ്പോ ഭഗവാൻ പറയും അവജാ അനന്തിമാ മൂടാ ഈ മൂടൻ ഒരിക്കലും എന്നെ മനസ്സിലാക്കിയിട്ടില്ല ഗീത കേട്ടിട്ടും കാര്യമില്ലല്ലോ ധൃതരാഷ്ട്രരായി പോയല്ലോ ഇവൻ ധൃതരാഷ്ട്രർക്ക് ഗീത കേട്ടിട്ടും പ്രയോജനം ഉണ്ടായില്ല ഗീത കേട്ടിട്ട് നിങ്ങളെങ്കിലും ധൃതരാഷ്ട്രരാവരുത് കണ്ണ് തുറക്കണം നമ്മുടെ ഏത് കണ്ണ് ഉറക്കം തൂങ്ങുന്ന കണ്ണല്ല ജ്ഞാന കണ്ണ് തുറക്കണം എന്തിനാ ജ്ഞാന തുറക്കുന്നത് അപ്പോഴേ നമ്മൾ മനസ്സിലാക്കുള്ളൂ ഭഗവാൻ എന്ന് പറയുന്നത് ആര് തന്നെയാണ് പരംഭാവം ഭഗവാന്റെ ഒരു പരമമായ ഭാവം എന്ന് പറയുന്നത് സർവഭൂത മഹേശ്വരം ആരായിട്ടിരിക്കണോ എല്ലാ ഭൂതങ്ങളിലും മഹേശ്വരനായിട്ട് അപ്പം ഭഗവാന്റെ സാന്നിധ്യം എവിടെ തന്നെയാണ് ഒരു വിഗ്രഹത്തിലല്ല വെച്ചിരിക്കുന്നത് ആണോ എല്ലാവരുടെ ഉള്ളിലും നിറഞ്ഞിരും അപ്പൊ നമുക്ക് അമ്പലത്തിലൊക്കെ പോകുമ്പോണ്ടല്ലോ ഉറപ്പിച്ചു വെക്കണം ഭഗവാൻ എന്നിൽ തന്നെയാണ് എന്നിൽ തന്നെയാണ് എന്നിൽ തന്നെയാണ് ഒരിക്കലും വിട്ടുകൊടുക്കരുത് മനസ്സിനെ കല്ലിലാണെന്ന് പറയാൻ സമ്മതിക്കരുത് കല്ലിലാണെന്ന് വെക്കുമ്പോഴേക്കും നിങ്ങൾക്ക് വല്ല വഴിപാടും ചെയ്യേണ്ടി വരും കാരണം ആ ഭഗവാനെ പ്രീതിപ്പെടുത്തണം എളുപ്പമൊന്നും അല്ലത് ധൃതരാഷ്ട്രയുടെ ബുദ്ധിയിൽ നിന്നും അർജുനന്റെ ബുദ്ധിയിലേക്ക് വരിക എന്ന് പറയുന്നത് ഏ എളുപ്പാണോ എളുപ്പവും നല്ലത് കാരണം ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മാനുഷനുള്ള കാലം അതങ്ങനെ പിടിച്ചു വയ്ക്കും നമ്മൾ അപ്പോഴും ഉറപ്പിക്കും കല്ലിൽ തന്നെയാണ് ദേവി ഇരിക്കുന്നത് ആ ദേവിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഓ ഭഗവാനെ എന്റെ വീട്ടിലെല്ലാ പ്രശ്നങ്ങളും തീർന്നു ദേവി വിചാരിച്ചു കഴിഞ്ഞാൽ ദേവിയുടെ പ്രശ്നങ്ങൾ ആദ്യം തീർക്കുകയായിരുന്നു അപ്പൊ നോക്കൂ നമ്മൾ ഇതൊക്കെ ചിന്തിക്കണേ നമ്മുടെ ദേവിമാർക്ക് പോലും ധാരാളം പ്രശ്നങ്ങളുണ്ട് അല്ലേ ദേവിമാര് സരസ്വതി ആ ദേവിയുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിക്ക് സങ്കടം തോന്നും ബ്രഹ്മാവിന്റെ മകളാണ് സരസ്വതി ഏ ബ്രഹ്മാവിന്റെ മകളാണ് ഒരു ദിവസം ബ്രഹ്മാവ് അച്ഛൻ മകളുടെ പിന്നാലെ ഓടിയിട്ട് എന്ന് മാത്രമല്ല മകളെ പിടിച്ച് ഭാര്യയെക്ക് വെച്ചിരിക്കണോ ബ്രഹ്മാവ് നല്ല സംസ്കാരമല്ലേ ഐ നിങ്ങളൊന്നും പറയാത്തേ ഹിന്ദു മതത്തിന്റെ പ്രതീകാത്മകമായ ചിത്രമാണത് എന്ത് ബ്രഹ്മാവിന്റെ മകളെ ബ്രഹ്മാവ് ഭാര്യയൊക്കെ വെച്ചിരിക്കണോ സരസ്വതി ദേവിയോട് ചോദിക്കുക ദേവി എന്തൊക്കെയാണ് ശേഷം വീട്ടിൽ തന്നെയാണ് ദേവി ഇങ്ങനെ താഴോട്ട് നോക്കും നിങ്ങളുടെ ജീവിതത്തിലൊന്നും ഇങ്ങനെയൊരു ദുർഗതി നിങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ എന്ത് എന്ത് മനസിലായില്ല ഞാൻ പറയുന്നത് ഭാഗവതത്തിലെ ഈ ഭാഗം വരുന്നുണ്ട് അപ്പോ എങ്ങനെയായിരിക്കും അവരുടെ കാര്യങ്ങൾ പക്ഷെ ഇതൊക്കെ കഥ പറയുമ്പോഴുള്ളിട്ടോ ഈ പൊട്ടത്തരങ്ങളൊക്കെ അതൊക്കെ വളരെ താത്വികമാണ് നിങ്ങൾ ഈ കഥാരൂപത്തിൽ എടുക്കരുത് ബ്രഹ്മാവിന്റെ മകളാണ് ഭാര്യയാണ് സരസ്വതി എന്നൊക്കെ പറഞ്ഞാൽ എന്താർത്ഥം മനസ്സും ബുദ്ധിയും ബുദ്ധിയാണ് സരസ്വതി എന്ന ബുദ്ധിയുടെ പ്രതീകമാണ് അറിവിന്റെ പ്രതീകമാണ് സരസ്വതി അപ്പൊ മനസ്സിന്റെ പ്രതീകമാണ് ബ്രഹ്മാവ് അപ്പൊ മനസ്സുകൊണ്ടാണ് ജിജ്ഞാസ കൊണ്ടാണ് ബുദ്ധി ഉണ്ടാവുന്നത് ബുദ്ധി ബുദ്ധിയും മനസ്സും തുല്യരാണ് അതുകൊണ്ടാണ് ഭാര്യാവർത്ത ബന്ധത്തിലൊക്കെ വെച്ചിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ താത്വികമായി മനസ്സിലാക്കുമ്പോൾ ഈ കഥയുടെ അപ്പോരു മനസ്സിലാവും അല്ലെങ്കിൽ ഇത് കഥാരൂപത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഹിന്ദുമത മഹാവൃത്തികേണ്ട സംസ്കാരമായി മാറും കാരണം അച്ഛൻ മകളെ ഭാര്യയെക്ക് വെക്കുക പറഞ്ഞാൽ എന്ത് വൃത്തികെട്ട സംസ്കാരമാണത് അല്ലേ മനസ്സിലാവുണ്ടോ മനസ്സിലാവില്ലേ നിങ്ങക്ക് അതുകൊണ്ട് അമ്പലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഉറപ്പിച്ച് വെക്കണം ഭഗവാനെ ഏത് രൂപത്തിൽ കണ്ടുപോവരുത് ഒരു വിഗ്രഹത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ആ വിഗ്രഹത്തിലാണെന്ന് ഉറപ്പിക്കരുത് നമ്മൾ ഉടനെ ഉറപ്പിക്കണം ആ വിഗ്രഹത്തിൽ ഞാൻ കാണാൻ പോകുന്ന ശക്തി എവിടെ തന്നെയാണ് എന്നിൽ തന്നെയാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് വേണം പോവാൻ അപ്പൊ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ വേണ്ടാത്ത പ്രാർത്ഥിക്കുക ചെയ്യ നിങ്ങളുടെ മനസ്സിനെ ആ ശക്തിയിലേക്ക് സമർപ്പിക്കും നിങ്ങൾ അതിന് സാധിക്കട്ടെ ഭഗവാൻ പറയുന്നു എല്ലാം വ്യാപിച്ചിരിക്കുന്നത് എന്നില്ല ഞാൻ അതിലൊന്നും ഇരിക്കുന്നില്ല അപ്പൊ നമ്മുടെ ദുഃഖങ്ങളിലൊക്കെ ഭഗവാന് വല്ല പങ്കുണ്ടോ ഒരു പങ്കുവില്ല എന്നാൽ നമ്മുടെ ദുഃഖങ്ങളിൽ നോക്കെ നമുക്ക് മുക്തമാവാനുള്ള കഴിവുണ്ടോ അപ്പൊ പിന്നെ ഭഗവാനോട് വിളിച്ചു കരഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഗുരുവായൂരപ്പ എന്റെ സങ്കടം മാറ്റണം എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ എന്താ പറയാ സോറി മാഡം എനിക്കതിനൊന്നും ഒരു ഇൻവോൾവ്മെന്റും ഇല്ല ആളുകളുണ്ടല്ലോ ഗുരുവായൂരപ്പനെ വേണ്ടാത്തതിലൊക്കെ വലിച്ചഴയ്ക്കും പാവം ഗുരുവായൂരപ്പൻ അതിലൊന്നും അമ്മയുടെ മകള് ഒരു പയ്യനായിട്ട് പ്രേമത്തിലായി ആ പയ്യന്റെ കൂടെയൊക്കെ പോയി ജീവിതമൊക്കെ പിഴപ്പിച്ചു വന്ന് കേടുവരുത്തിയിട്ട് അമ്മ ഗുരുവായൂരപ്പനോട് പറയുന്നത് എന്താ പറയുക ഗുരുവായപ്പ ഇങ്ങനെയൊരു ചതി എൻ്റെ മകളോട് ചെയ്യരുതായിരുന്നു ഭാവം ഗുരുവായൂരപ്പനെന്ത് ചെയ്യും ഗുരുവായൂരപ്പിനോൾവ്മെന്റും ഉണ്ടോന്നില്ലേ പാവം അദ്ദേഹത്തിന് അതിലേക്കൊക്കെ വെറുതെ വലിച്ചു വഴിക്കേണ്ട ആവശ്യമില്ല ഭഗവാൻ പതിനാറായിരത്തിട്ട് കല്യാണം കഴിച്ച് എനിക്ക് ഇപ്പൊ നിങ്ങളുടെ മകളെ പഴപ്പിക്കണോ എന്ത് നോൺസെൻസാണ് പറയുന്നത് ഇതാണ് ആളുകൾ അതായത് നമ്മുടെ വീഴ്ചകൾക്കും നമ്മുടെ കുറ്റങ്ങൾക്കും നമ്മുടെ വിഷമങ്ങൾക്കും ഈസി ടു ബ്ലെയിം ദ ഗോഡ് അല്ലേ ഗുരുവായൂർ ഭഗവാൻ എങ്ങനെയൊരു ചതി എന്നോട് ചെയ്യുന്നു നിങ്ങളൊന്നും പറഞ്ഞില്ല നിങ്ങളുടെ ചിരി കണ്ടാൽ തന്നെ അറിയാം ഇതിനപ്പുറം പറഞ്ഞില്ലെങ്കിൽ എന്തേ ഉള്ളൂ എന്നാലും ഭഗവാൻ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്തു തന്നു എന്നാലും എന്നോട് ഇങ്ങനെയൊരു കാര്യം ചെയ്യേണ്ടി തന്നില്ല നമ്മൾ വീണാലും നമ്മൾ നമുക്കല്ല കുറ്റം പറയാം സാധാരണ ആളുകൾ ഉണ്ടല്ലോ വേഗം മറ്റൊന്നിനെയും ബ്ലെയിം ചെയ്യും അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് വഴിതെറ്റി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്താ പറയാ എനിക്ക് വഴിതെറ്റിയോണ്ടാ ഞാൻ വരാത്തതെന്ന് അല്ലെങ്കിൽ വരാൻ വൈകിയതിനു കാര്യം വഴിതെറ്റിയതുകൊണ്ടാണ് വഴിക്ക് എന്തെങ്കിലും തെറ്റുപറ്റിണ്ടോ വഴിക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ ആർക്കാ തെറ്റി പറ്റിയത് പക്ഷെ നമ്മൾ എന്താ പറയാ വഴിതെറ്റിപ്പോയതുകൊണ്ടാണ് ഞാൻ വരാൻ വയ്ക്കിയത് എത്ര എളുപ്പമാണ് മറ്റൊന്നിനെ ബ്ലെയിം ചെയ്യുക ഇതുപോലെയാണ് കള്ളു കുടിച്ച് കേടുവന്നാൽ ഉടനെ പറയാ കൂട്ടുകെട്ടി ശരിയില്ല കൂട്ടുകെട്ട് ശരിയില്ലയോ എന്നുള്ളതല്ല പ്രശ്നം അവനവനെന്തിനാ അതിൽ പോയി എന്തെല്ലാം തരത്തിലുള്ള കൂട്ടുകെട്ടുണ്ടെന്ന് അതിൽ മാത്രമേ അയാൾക്ക് ചെന്നപെടാൻ പറ്റുള്ളൂ കൂട്ടുകാർ കേടുവരുത്തിയ എന്റെ ഭർത്താവിനെ അല്ലെങ്കിൽ നാട്ടുകാർ കേടുവരുത്തിയ എന്റെ മക്കളെ എന്നൊക്കെ പറയുന്നവരെ കണ്ടിട്ടില്ലേ ഇല്ലയോ അപ്പൊ നിങ്ങൾ നാരായണിയൊക്കെ വായിക്കാൻ നടന്ന നിങ്ങളുടെ ഭർത്താവ് പറയോ എന്റെ ഭാര്യയും നാട്ടുകാർ കിട്ടുവരുത്തി വേറൊരു കണക്കിന് അവർക്ക് സമാധാനാണ് അറ്റ്ലീസ്റ്റ് കുറച്ചുനേരമെങ്കിലും വീട്ടില് സമാധാനായിട്ടിരിക്കാന്നോ എന്നുള്ളത് ഭർത്താവ് വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറയണ ഒരു വളരെ ഹാപ്പി ന്യൂസ് ഉണ്ട് ഭർത്താവ് ചോദിച്ചു ഭാര്യ ചോദിച്ചെന്ത് പറ്റിന്ന് ഞാൻ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നു ഹോ എത്ര എടുത്തിട്ടുണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് എന്ന് ചിന്ത മൂന്നിനടുത്ത് നമ്മള് രണ്ടുപേരല്ലേ ഉള്ളൂ വന്നു അല്ല ഒന്ന് നിനക്കും രണ്ട് നിന്റെ അമ്മയ്ക്കും മൂന്ന് നിന്റെ സഹോദരനുമാണ് നിങ്ങള് സിനിമയ്ക്ക് പോയാൽ തന്നെ എനിക്ക് സമാധാനി വീട്ടിൽ കുറച്ച് പേരെ ഇരിക്കുക ഇതുപോലെ നമ്മള് സന്തോഷം നമ്മള് ഇതൊക്കെ മനസ്സിലാക്കി വെക്കണേ നമ്മള് നമ്മുടെ വീഴ്ചകൾക്കൊക്കെ വേറെ ഒരാളെ പറയാൻ അത് പരിശീലിച്ചു പോയി മനസ്സ് ുർബല മനസ്സ് കംപ്ലയിൻറ് ചെയ്യും ശക്തിയുള്ള മനസ്സ് ആക്സെപ്റ്റ് ചെയ്യും അപ്പൊ മനസ്സിന് ശക്തി കൂടും തോറും ഇതെന്റെ വീഴ്ചയാണെന്ന് പറഞ്ഞ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും മറ്റേ ദുർബല മനസ്സ് എപ്പോഴും ഉണ്ടല്ലോ ഞാൻ കേടുവരാൻ കാരണം മറ്റൊരാളാണ് എളുപ്പം നമുക്ക് ഭാരം കാരണം മൈൻഡ് ഓൾവേസ് വാണ്ട് ജസ്റ്റിഫിക്കേഷൻ ദാറ്റ്സ് വീക്ക്നെസ് ഓഫ് ദ മൈൻഡ് ആൻഡ് മൈൻഡ് എക്സ്പെക്ട് അതേഴ്സ് ഇപ്പൊ ഞാൻ എന്റെ വിഷമങ്ങൾക്ക് കാരണം മറ്റൊരാളെ കുറ്റം പറയുമ്പോഴല്ലോ ഞാൻ വിചാരിക്കുകയാണ് ഇതൊക്കെ മറ്റുള്ളവര് അവരിത് ആക്സെപ്റ്റ് ചെയ്യുന്നു ശരിയാണ് ഇയാളുടെ പ്രശ്നങ്ങൾക്ക് കാരണം പക്ഷെ ഒരു ധീര മനസ്സൊരിക്കലും ആരെ കുറ്റം പറയില്ല അതാണ് ഭാഗവതത്തിലൊരു ഭിക്ഷുവിന്റെ കഥ പറയുന്നത് നായം ജനോമി സുഖതുക്കേതു ദേവദാത്മാ ഗൃഹകർമ്മകാല മനപ്പരം കാരണമാമനന്തി എന്നെ തളർത്തുന്നത് നാട്ടുകാരോ വീട്ടുകാരോ അല്ല എന്നെ തളർത്തുന്നത് ഇത് പറയാൻ എത്ര പേർക്ക് സാധിക്കും നമുക്ക് സാധിക്കണോ ഏതാ എളുപ്പം ബ്ലെയിം ചെയ്യലോ ആക്സെപ്റ്റ് ചെയ്യലോ എത്ര എളുപ്പം നിങ്ങൾ പറഞ്ഞു ബ്ലെയിം ചെയ്യലെന്ന് പറഞ്ഞത് വളരെ എളുപ്പമാണ് ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളത് വളരെ പ്രയാസകരമാണ് അപ്പൊ നമ്മള് ഈ ബ്ലെയിം ചെയ്യുന്ന മനസ്സിനെ മാറ്റിയെടുത്ത് ആക്സെപ്റ്റ് ചെയ്യാൻ എന്റെ കുഴപ്പത്തിന് കാരണം ഞാൻ തന്നെയാണ് ചിലര് പറയാറില്ലേ എന്റെ സ്വഭാവം എനിക്കെന്നെ പിടിക്കുന്നില്ല എന്ന് അവരുടെ സ്വഭാവം എനിക്കുണ്ട് ചില ആളുകൾ വളരെ ധീരയായിട്ട് പറയാറുണ്ട് ഒരു പെൺകുട്ടി പറയണ എന്റെ ഭർത്താവിനെ പോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാളെ കാണാൻ സാധ്യല്ലാന്ന് എന്ത് പറ്റിയിരുന്നു അയാളുടെ ഹാൻഡ് റൈറ്റിംഗ് ആർക്കും വായിച്ചാ മനസ്സിലാവില്ലയാണ് ഈ ഡോക്ടർമാര് ഡോക്ടർമാര് മെഡിസിൻ എഴുതുന്ന പോലെയാണ് അപ്പം ഇത് കേട്ടിരുന്ന സ്ത്രീ പറയാണ് എന്റെ ഭർത്താവ് എന്നാ വളരെ സൂപ്പർ ഇന്റലിജന്റ് ആണെന്ന് അതെന്താന്ന് വെച്ചു അയാൾ എഴുതിയ അയാളൊക്കെ മനസ്സിലാവണില്ലാന്ന് ഇതാണ് ഇങ്ങനെയുള്ള ആളുകളുണ്ട് ലോകത്തിൽ അപ്പൊ അതുകൊണ്ട് നമ്മുടെ വിഷമം നമ്മുടെ വീഴ്ചകൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കൂ ഇതാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത് അർജുന നമ്മളത് പരിശീലിച്ചെടുത്ത് എന്നാ പിന്നെ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ മാത്രമാണോ അല്ല നമുക്ക് ഇതിൽ നിന്നും ഒന്ന് പുറത്തു കടക്കാനുള്ള ശക്തി കൂടെ ഉണ്ട് അത്ര അനന്തമായ ശക്തിയായ ആകാശത്തിൽ ആരിയ്ക്കുന്ന പോലെ ഈ ഉദാഹരണം മറക്കരുത് നിങ്ങളെ അനന്തമായ ആകാശത്തിൽ വായിരിക്കുന്നത് പോലെ മാത്രമാണ് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന അനന്തമായ ശക്തിയുള്ള ചൈതന്യത്തിലാണ് ആരിയ്ക്കുന്നത് ചിന്തകളിരിക്കുന്നത് അപ്പൊ ചിന്തകൾ എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു അംശം അതിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അതിനെ വലുതായിട്ട് കാണേണ്ടതില്ല അത്രയാണ് എന്നിട്ട് ഭഗവാൻ പറഞ്ഞു പലരും പറയാറുണ്ട് ഈശ്വരന്മാര് ഭഗവാനെക്കുറിച്ചൊക്കെ എന്താണ് ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹം പല ലീലകളും ആടിയിട്ടില്ലേ പലരുടെയും ദുഃഖങ്ങൾ അകറ്റിയിട്ടില്ലേ പല വിഷമങ്ങളും തീർത്തിട്ടില്ലേ ഭൂന്താനത്തിന്റെ മുന്നിൽ വന്നു മേൽപ്പത്തൂരിന്റെ മുന്നിൽ വന്നു വില്ലുമംഗല സ്വാമികളുടെ മുന്നിൽ വന്നു കുറൂരമ്മയുടെ മുന്നിൽ വന്നു അതുപോലെ തന്നെ മഞ്ജുളാദേവിയുടെ മുന്നിൽ വന്നു ഇങ്ങനെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കഥ കേട്ടിട്ടുണ്ട് ഇനി മറ്റു കഥകളാണെങ്കിൽ പൂന്താ എന്താണ് ഭാഗവതത്തിലേക്ക് നോക്കുമ്പം കാളിയമർദ്ദനമാടി അതുപോലെ തന്നെ ഗോവർദ്ധനം എടുത്തുയർത്തി ഇങ്ങനെ അത്ഭുത കാണിച്ച കൃഷ്ണന് എന്താ നമ്മുടെ വിഷമങ്ങളും മാറ്റാൻ പറ്റില്ല അപ്പൊ ഗുരുവായൂരിൽ ഒരു ഗുരുവായൂരപ്പനുണ്ടെന്നും ആ ഗുരുവായൂരപ്പൻ പണ്ട് ബാലലീലകളാടി വല്ല ദുഃഖങ്ങൾ തീർത്തിട്ടുണ്ടെന്നോ എന്നൊക്കെ നമ്മൾ കേട്ടു കേട്ട് ഉറപ്പിച്ചപ്പോ നമ്മുടെ ഉള്ളിൽ കൃഷ്ണന് നമ്മളൊരു മാനുഷിക പരിവേഷം കൊടുത്തു കഴിഞ്ഞു ആ പരിവേഷം കൊടുത്ത ഭഗവാൻ നമ്മളോട് പറയുന്നത് എന്നെ മനുഷ്യരൂപത്തിൽ നിങ്ങൾ കാണുന്നത് മൂഢത്വമാണ് മനസ്സിലായില്ലേ നമ്മൾ ഏത് രൂപത്തിൽ ഭഗവാനെ ഉറപ്പിക്കുന്നു ആ രൂപത്തിലല്ല ഭഗവാൻ നമ്മളോട് അദ്ദേഹത്തിനെ കാണാൻ പറയുന്നത് അപ്പൊ ഏതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മൾ കേട്ട് ഉറപ്പിച്ചത് ഉറപ്പിക്കണോ ഭഗവാൻ പറയുന്നത് ഉറപ്പിക്കണോ ഭഗവാൻ എന്താ പറയുന്നത് പാൽപ്പായസം കഴിക്കാനോ എന്താ പറയുന്നത് എന്നെ നിങ്ങൾ മനുഷ്യരൂപത്തിൽ കാണുന്നത് മൂഢത്വമാണ് നിങ്ങൾ എങ്ങനെ കാണണം എന്നെ സർവഭൂത മഹേശ്വരൻ അപ്പൊ ഞാൻ മഹേശ്വരനായി മഹാ ഈശ്വരനായി ശക്തിമാനായി എവിടെയിരിക്കുന്നു അപ്പം ഞാൻ എവിടെയുണ്ട് എല്ലാവരിലും ഉണ്ടെങ്കിൽ എവിടെയുണ്ട് നല്ലൊരു കഷ്ടായല്ലോ ഇത് എല്ലായിടത്തും ഉണ്ടെങ്കിൽ ഈ അന്തരീക്ഷത്തിൽ എല്ലായിടത്തും വായു ഉണ്ടെങ്കിൽ ഈ മുറിയിലുണ്ടാവുമോ അപ്പൊ എല്ലാവരിലും മഹേശ്വരനായി കൃഷ്ണനുണ്ടെങ്കിൽ എന്റെ ഭാര്യയുടെ ഉള്ളിലുണ്ടാവും എന്നാലും നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പറയില്ല നമ്മൾ നമ്മളിലേക്ക് ഒരിക്കലും ചിന്തിക്കില്ല അപ്പൊ എന്തൊരു കഷ്ടാണ് നോക്കൂ കുട്ടി പറഞ്ഞത് കുട്ടി ക്ലാസ്സിൽ എഴുതി ടീച്ചർ ഇമ്പോസിഷൻ കൊടുത്തു ഹോംവർക്ക് ഇമ്പോസിഷൻ അല്ല ഓരോ വാക്കുകൾക്ക് കാറ്റ് എലി എലഫൻറ്റ് അങ്ങനെയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു മൈ ഹെഡ് എന്ന് ടീച്ചർ പറഞ്ഞു അപ്പൊ കുട്ടി അവിടെ എഴുതി വെച്ചു ടീച്ചർ മൈ ഹെഡ് എന്ന് പറഞ്ഞാൽ ടീച്ചറുടെ തല ഇത് വന്ന് വീട്ടിലിരുന്ന് വായിക്കുമ്പോൾ കുട്ടി വായിക്കും മൈ ഹെഡ് ടീച്ചറുടെ തല എടാ പൊട്ടാ മൈ ഹെഡ് ടീച്ചറുടെ തലയല്ല എന്റെ തല അച്ഛൻ പറഞ്ഞു കൊടുത്തു ടീച്ചറിനവൻ വെട്ടി മാറ്റി അച്ഛന്റെ തല മൈ ഹെഡ് അച്ഛന്റെ തല കാരണം അച്ഛനല്ലേ പറഞ്ഞെന്ന് എന്നാലും ആരെ കുറിച്ച് ചിന്തിക്കുന്നില്ല ഇതുപോലെയാണ് നമ്മൾ സർവഭൂത മഹേശ്വരൻ എന്നറ ഈ ഭൂതത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല എല്ലാ ഭൂതങ്ങളിലും ഉണ്ടെങ്കിൽ അതങ്ങനെ സംവദിച്ചുകൂടെ നിക്ക് ഈ ഭൂതത്തിലും ഈ കൂതം എന്ന് പറഞ്ഞി എന്റെ ഉള്ളിലുണ്ട് എന്ന് പറയരുത് അവരവരുടെ ഉള്ളിലൊക്കെ അവരുണ്ട് സ്വാമിയുടെ ഉള്ളിലും ഉണ്ട് എളുപ്പം കഴിഞ്ഞില്ലേ എന്റെ ഉള്ളിലില്ലേ സ്വാമി എന്റെ ഉള്ളിലൊക്കെ ചെകുത്താനാണ് കാരണം എന്നെ ഇവരെ എന്റെ ഭർത്താവ് പറഞ്ഞിട്ടില്ലേ ഞാൻ നല്ലൊരു മനുഷ്യനാണെന്ന് അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞു നമ്മൾ അതുകൊണ്ട് എല്ലാവരുടെ ഉള്ളിലും ഉണ്ടെങ്കിൽ ഏഹ് എന്റെ ഉള്ളിലും സർവഭൂത മഹേശ്വരനായ ഭഗവാനുണ്ടെങ്കിൽ എവിടെയാണ് കൃഷ്ണനെ കാണാൻ പറയുന്നത് നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ തോന്നാറുണ്ടോ ഉം തോന്നാറുണ്ടോ എന്തു വിഗ്രഹം അമ്പലത്തിന്റെ ഉള്ളിൽ ദൈവമുണ്ട് എന്നാണോ തോന്നാറ് അവനവന്റെ ഉള്ളിൽ തോന്നാറുണ്ടോ ഇത്ര പേർക്ക് തോന്നാറുണ്ട് ഇതൊക്കെയാണ് ഗീതയിലൂടെ ഭഗവാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഇതൊക്കെ ഉൾക്കൊള്ളാതെ നമ്മൾ അമ്പലത്തിൽ പോയാൽ അതിനെ ഹിന്ദുമതം എന്നൊന്നും പറയാൻ ജന്തു മതം എന്ന് വേണമെങ്കിൽ പറയാം നമ്മളൊക്കെ ഹിന്ദുക്കളാണെങ്കിൽ നാം നാട്ടുകാര് പറയുന്നതല്ല കേൾക്കേണ്ടത് ആര് പറയുന്നത് കേൾക്കണം ഇതൊരു ശാസ്ത്രമാണ് ഭഗവാൻ പറയുന്നത് ഉണ്ടല്ലോ ഒരു വിശ്വാസമല്ല ഒരു ശാസ്ത്രം അതുകൊണ്ട് പതിനാറാം അദ്ധ്യയത്തിലെ അവസാന രണ്ട് ശ്ലോകങ്ങൾ അത് നമുക്ക് നോക്കിയിട്ട് ഇത് ബാക്കി പറയാം നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു ഉറപ്പ് വരും പതിനാറാം അദ്ധ്യയത്തിലെ രണ്ട് ശ്ലോകങ്ങൾ നിങ്ങൾ ശരിക്കും പഠ മനപ്പാഠം പഠിച്ചു വെക്കണം ഭഗവാൻ പറയുകയാണ് അർജുന ഏതാ അദ്ദേഹം യശാസ്ത്രവിധി മുൽ തദ് കാതി നുഖം നശാസ്ത്രം പ്രണം തേ കാര്യാവസ്ഥോ ജാ ശാസ്ത്രോ കർമ്മർത്തുമിഹാർഹസിണോ ശാസ്ത്രവിധി ഉത്സൃജ്യ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ശാസ്ത്രീയമായ സത്യത്തെ ഉത്സൃജ്യ വിട്ടിട്ട് കാമകാരതാ വർത്തതെ തനിക്ക് തോന്നിയതുപോലെ കാമകാരത കാമ കാമം തോന്നൽ ആഗ്രഹം അതുപോലെയൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ തനിക്ക് തോന്നിയതുപോലെയൊക്കെ ആര് പ്രവർത്തിക്കുന്നോ സിദ്ധിം അവന് ജീവിതത്തിൽ ഒരിക്കലും മാനസികമായി തന്നെ ഉയർത്താൻ സിദ്ധി സിദ്ധി എന്ന് പറഞ്ഞാൽ ഉയരുക അത് സാധ്യല്ല അവന് കാരണം അവൻ അവന് തോന്നിയതുപോലെ അവൻ ജീവിക്കുന്നത് ന സുഖം അവന് ശരിക്കുള്ള സുഖം അനുഭവിക്കാൻ സാധ്യല്ല ന പരാംഗതി അവനെന്തില്ല പരമമായൊരു ഉന്നതിയില്ല അപ്പൊ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് ആ ആര് പറയുന്നത് നോക്കണം അതാണ് ഭഗവാൻ പറയുന്നത് അടുത്ത ശ്ലോകത്ത് അതുകൊണ്ട് ശാസ്ത്രം പ്രമാണന്തെ എന്താണ് ശാസ്ത്രമായിരിക്കണം പ്രമാണം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി തെളിയിക്കാൻ സാധിക്കുന്നത് എനിത്തിങ് വിൻ പ്രൂവ് അമ്പലത്തിൽ ദൈവമുണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ തെളിയിക്കാൻ പറ്റുമോ അമ്പലത്തിൽ ദൈവമുണ്ടെന്ന് എത്ര പേർക്ക് തെളിയിക്കാൻ പറ്റുമോ അമ്പലത്തിൽ ദൈവമുണ്ടെന്ന് തെളിക്കാൻ പറ്റുമോ എന്താ നിങ്ങളൊന്നും പറയാത്തെ അമ്പലത്തിൽ ദൈവം ശരിക്കുമുണ്ടെങ്കിൽ ടിപ്പു സുൽത്താന്റെ കാലത്ത് പടയോടുന്ന സമയത്ത് ഗുരുവായൂരപ്പനെ പിടിച്ച് അമ്പലപ്പുഴ കൊണ്ടുപോയിക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങക്ക് ചരിത്രം അറിയുന്നുണ്ടെങ്കിൽ ടിപ്പു സുൽത്താന്റെ കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താന്റെ കാലത്തുള്ള മലബാർ ലഹള കാലത്ത് മലബാർ ലഹള വന്നപ്പോ മുസ്ലിങ്ങളുടെ അക്രമം മലബാർ ജില്ലയിലൊക്കെ വന്നപ്പോ ഗുരുവായൂരപ്പന്റെ വിഗ്രഹം അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയി അമ്പലപ്പുഴ അമ്പലത്തിൽ കൊണ്ടുവച്ചു പോരെ അപ്പൊ അത്ര അവ എന്തിനാത അവിടെ എടുത്ത് കൊണ്ടുവച്ചത് കാരണം മുസ്ലിങ്ങൾ കാക്കാമാരതിനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിന്നെയുള്ളൂ ഒരു നിവൃത്തിയില്ല വിഗ്രഹത്തിനുണ്ടോ ടിപ്പു സുൽത്താന്റെ കാലത്ത് നിങ്ങൾ മലബാർ ഭാഗങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കൂ ചില വിഗ്രഹങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കെന്നെ വിഷമം തലയില്ലാത്ത വിഷ്ണു ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ മുലകളൊക്കെ ചെത്തിക്കളഞ്ഞ ദേവിയുടെ വിരൂപമാക്കി വെച്ചിരിക്കുന്നത് അത് എത്ര വൃത്തി നോക്കൂ എവിടെ ഒരു ക്ഷേത്രത്തില് ദേവീക്ഷേത്രത്തിലാണ് അതുപോലെ തന്നെ കൈകൾ വെട്ടിക്കളഞ്ഞ ഹനുമാൻ സ്വാമി എന്തെല്ലാം എന്തെല്ലാം എന്തെല്ലാം വിഗ്രഹങ്ങളുടെ കോലാഹലങ്ങൾ നമുക്ക് കാണാം അതെന്താ ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത് അവർക്കൊന്നും ശരീരത്തിന്റെ ഓരോ ഭാഗം ചെട്ടിക്കളയുമ്പോൾ ദേവന്മാർക്കും ദേവിമാർക്കും പ്രതികരിക്കാമായിരുന്നില്ലേ ഭദ്രകാളിക്ക് എന്താ ഒരു ദേവനും ഒരു വിഗ്രഹത്തിനും എന്നേവരെ പ്രതികരിക്കാൻ സാധിച്ചിട്ടില്ല അപ്പൊ പിന്നെന്തിന് വിഗ്രഹം വെച്ചിരിക്കുന്നു അജ്ഞാനാം ഭാവനാർത്ഥായ പ്രതിമാ പരികൽപിത ആർക്ക് വേണ്ടിയിട്ടാണ് അജ്ഞാനം ഉള്ളവർക്ക് ഭാവന ചെയ്യാൻ വേണ്ടി മാത്രമാണ് പ്രതിമ പരികൽപിത പക്ഷേ കാലക്രമേണ കൊണ്ട് എന്തുപറ്റി നാമാ പ്രതിമയെ തന്നെ ദൈവമാക്കി കളഞ്ഞു മനസ്സിലായില്ലേ അപ്പൊ ഇതൊന്നും നമ്മൾ മാറണം അത് പണ്ടേ കൃഷ്ണൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് എന്നെ കേവലം ഏത് രൂപത്തിൽ കാണരുത് മനുഷ്യരൂപത്തിൽ നിങ്ങളിൽ നിന്നും മനുഷ്യനായാൽ പിന്നെ നമ്മളിൽ നിന്നും ഭഗവാൻ വേറെയായി ഏത് രൂപത്തിൽ കാണണം സർവഭൂതങ്ങളിലും നടന്നിരിക്കുന്ന ഈശ്വരനായി ചൈതന്യമായി എന്നെ കാണണം അങ്ങനെ മഹീശ്വരനായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു വിഗ്രഹത്തിൽ എത്ര ശക്തി കാണുന്നുണ്ടോ ഒരു വിഗ്രഹത്തിൽ നിങ്ങൾ കൃഷ്ണൻ എത്ര ശക്തി കാണുന്നുണ്ടോ ആ ശക്തി എവിടെയുണ്ട് പക്ഷെ നമുക്ക് തോന്നണ്ടേ അത് ഉറപ്പിക്കണ്ടേ എന്നോ വേണ്ടയോ അപ്പൊ പിന്നെ നിങ്ങൾ വല്ലൊന്നും പ്രാർത്ഥിക്കേണ്ടതുണ്ടോ എല്ലാം നിങ്ങൾ തന്നെയാ പറയണത് പ്രാർത്ഥിക്കേണ്ടതുണ്ടോ ഇനി അവിടെ പോയി പ്രസംഗീകരുതേ ഇതൊക്കെ ഇവിടെനിന്ന് ഇല്ല എന്നൊക്കെ ഉറപ്പിച്ചിട്ട് ഭഗവാൻ പറയുന്നതൊക്കെ ഗീത പറയുമ്പോ സ്വാമി പറയുമ്പോ നിങ്ങൾ ആവർത്തിച്ചതാണ് ഇനി ഇവിടെ വന്ന് വിട്ടിത്തൊന്നും പറയരുതെന്നും ഇതാണ് ഗീതയൊക്കെ പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഇനി തോന്നിവാസം ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്കൊരു ബോധം ഉണ്ടാവും ഞാൻ ചെയ്യുന്നതൊന്നും ശരി അതുകൊണ്ട് തസ്മാത് ശാസ്ത്രം പ്രമാണന്തേ എന്താണ് ശാസ്ത്രം പ്രമാണമായിരിക്കണം കാര്യകർമ്മ കാര്യകാര്യവ്യവസ്ഥിഷു കാര്യകാര്യം ചെയ്യേണ്ടതിലും ചെയ്യാൻ പാടില്ലാത്തതിലൊക്കെ ശാസ്ത്രം എന്ത് പറഞ്ഞു അല്ലാതെ അടുത്ത വീട്ടിലെ കല്യാണി എന്തു പറഞ്ഞു ഇപ്പോഴത്തെ ഭാസ്കരൻ എന്ന് പറഞ്ഞു പ്രമാണം കല്യാണിക്ക് അനുഭവം ആ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പോ ഫലം കിട്ടിയിരുന്ന ഞാനും പോവാ കല്യാണിക്ക് അതുപോലെ പല അനുഭവങ്ങളും ഇതൊക്കെ നിങ്ങൾ പോണെന്നുണ്ടോ ആളുകൾ എങ്ങനെയാണ് ഒരാളുടെ വിശ്വാസം ഉണ്ടല്ലോ അത് കേട്ടിട്ട് മറ്റൊരാളും അന്ത്യനെയല്ലേ ആണല്ലേ പല അമ്പലങ്ങളിലും പല വഴിപാടുകളും തുടങ്ങിയിരിക്കുന്നത് ഇങ്ങനെയാണ് ചൂല് വെക്കുന്നൊരു അമ്പലം ഉണ്ട് എറണാകുളത്ത് എവിടെയുണ്ട് ഒരു അമ്പലം മുടി വളരാൻ ചൂല് വെക്കുക ചൂല് കൊണ്ടൊന്നും കൊടുക്കാത്തോണ്ടല്ലേ ഇത് ആ ദൈവത്തിന്റെ ഒരു കാര്യം ആലോചിച്ചോക്കൂ ചൂല് സമർപ്പിക്കുന്നൊരു അമ്പലം ഇനിയിപ്പത് എവിടെയാന്ന് എന്നോട് ചോദിക്കരുത് സ്വാമി എനിക്കും കുറച്ച് മുടി വളർന്നാ നന്നായിരുന്നു നിങ്ങളുടെ ജോലിയും കൊണ്ടുപോകേണ്ട ആവശ്യം കുട്ടി ഉണ്ടാവാൻ നാളികേരം ഉരുട്ടുന്ന അമ്പലം ആ നാളികേരടുത്ത് ഉരുട്ടി കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവും അതൊന്നും എന്നോട് ചോദിക്കരുത് കേട്ടോ എവിടെയാണെന്നുള്ളത് ഇങ്ങനെയൊക്കെയാണ് ആളുകൾ എന്തൊക്കെ ധാരണയാണ് വെച്ചിരിക്കുന്നത് നോക്കൂ ഇതൊന്നും ഒരാൾ ചെയ്യുന്നതാണ് മുമ്പേ ഗമിച്ചീടിനോപു തന്റെ പിമ്പെ ഗമിക്കും ബഹു ൊക്കെയാണ് ആളുകൾ ഉറപ്പ് അങ്ങനെയാണ് ഹിന്ദുമതത്തിന് വഴിതെറ്റിപ്പോയത് ഇതിത്ര താഴ്ന്നു പോയത് വാസ്തവത്തിൽ ഹിന്ദുമതത്തെ അതപ്പതിപ്പിച്ചത് ഹിന്ദുക്കൾ തന്നെയാണ് മറ്റൊരു മതക്കാരും അല്ല നമ്മൾ നമ്മുടെ മഹാത്മ്യം വിട്ട് മറന്ന് ജീവിച്ചുവേ നമ്മളിൽ തന്നെ അന്തർലീനമാണ് ഭഗവത് ശക്തി എന്ന് നമ്മളാരും അറിഞ്ഞു ജീവിക്കുന്നില്ലേ ശാസ്ത്രം പ്രമാണന്റെ എന്ത് പഠിച്ചില്ലാ അതുകൊണ്ട് ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം ഓരോ ഹിന്ദുവും എന്ത് ചെയ്യണം എന്താ ഹിന്ദുക്കൾ ചെയ്യേണ്ടത് ശാസ്ത്രം വിധിപൂർവ്വം പഠിച്ചിരിക്കണം ശാസ്ത്രം വിധാനോക്തം കർമ്മ കർത്തുമ അർഹസി മനസ്സിലാവില്ല സംസ്കൃതം ഏത് കർമ്മം ചെയ്യാനും നിനക്ക് അർഹത കിട്ടുന്നത് എപ്പോഴാണ് ശാസ്ത്രം മനസ്സിലാക്കിയതിന് ശേഷമാണ് അല്ലാതെ നാട്ടുകാര് പറയുന്നതും വീട്ടുകാര് പറയുന്നതും നോക്കിയിട്ടല്ല ഇന്ന് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കലാണ് ഹിന്ദു സംസ്കാരം ഇത് ഓപ്പണായി പറഞ്ഞ വ്യക്തമായി പറഞ്ഞ അവതാരമൂർത്തിയാണ് കൃഷ്ണൻ അതുകൊണ്ട് ഭഗവാനുണ്ടല്ലോ ആ കാലഘട്ടത്തിലെ വലിയൊരു ക്രിട്ടിക്കൽ ആയിരുന്നു ക്രിറ്റിസിസം വിമർശനം ചെയ്യുന്ന ഒരാൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഭഗവാൻ ഒരു നിരീശ്വരവാദിയായിരുന്നു പറഞ്ഞു പറയാം ഭഗവാൻ അന്നത്തെ അന്ധവിശ്വാസങ്ങളെയൊക്കെ എതിർത്തൊരാളാണ് നോക്കൂ അദ്ദേഹത്തിന് പറയാനൊരു വിഷമം ഉണ്ടായില്ല ഭഗവാൻ പല റിച്വൽസിനെ എതിർത്തിട്ടുണ്ട് നിങ്ങൾ ഭാഗവത എടുത്ത് വായിക്കുമ്പം കാണാം ഗോവർദ്ധന പൂജ തന്നെ നോക്കിയാൽ കാണാം അച്ഛൻ വരുണപൂജയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പം ഇതല്ല ചെയ്യേണ്ടത് എത്ര പ്രാക്ടിക്കലാണ് ഭഗവാൻ പറയുന്നത് കാരണം മഴയെല്ലാം പെയ്ത് ഭൂമി വലിച്ചെടുത്താൽ അതിനെ നമുക്ക് വലിച്ചെടുത്ത് തരുന്നത് ആരാണ് ഗോവർദ്ധനമല്ല പർവ്വതങ്ങളാണ് ഗോവർദ്ധനം അതിന്റെ ഒരു ഒരു പ്രതിനിധി മാത്രമാണ് ഒരു പ്രതി എന്താ പറയേ എല്ലാവർക്കും വേണ്ടിയിട്ടൊരു ഒരു റിപ്രസെന്റേറ്റീവ് മാത്രമാണ് അതുകൊണ്ടാണ് ഗോവർദ്ധനം വൃന്ദാവനത്തിൽ ഗോവർദ്ധനം ഉള്ളത് കൊണ്ട് പൂജിച്ചത് പൂജിക്കേണ്ടതെന്ന് ഭഗവാൻ ഭാഗവതത്തിൽ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ആരാണോ നിലനിൽപ്പ് തരുന്നത് അവരെയാണ് പൂജിക്കുന്നത് ഗോക്കളെ പൂജിക്കൂ ഇതൊക്കെയാണ് പറയുന്നത് കാരണം പശുവിന്റെ പാല് നമുക്ക് വേണം ഭഗവാൻ ഒരിക്കലും പറഞ്ഞില്ല ഒരു വിഗ്രഹണത്ത് പൂജിക്കൂന്നുള്ളത് തസ്മാൽ സമ്പൂജയത് കർമ്മ എന്നാണ് അവരവൻ എന്ത് കർമ്മം ചെയ്യുന്നു അതിനാരൊക്കെ സഹായകമാവുന്നുണ്ടോ അവരെയൊക്കെ പൂജിക്കണം നോക്കൂ അതുകൊണ്ടല്ലേ നമ്മള് നവരാത്രി കാലഘട്ടത്തിൽ ഈ കേരളത്തിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട് നവരാത്രി കാലഘട്ടത്തിൽ കേരളത്തിൽ മാത്രമല്ല മൊത്തം ഇന്ത്യയിൽ ദിവസത്തിന് വ്യത്യാസമുണ്ടേ ഉള്ളൂ നമ്മൾ നവമീൻ എന്ന് പൂജിക്കും ഇവര് ദസറയ്ക്ക് പൂജിക്കും അന്നത്തെ ദിവസം ആയുധങ്ങളും പുസ്തകങ്ങളൊക്കെ നമ്മൾ പൂജിക്കുന്നത് അതിനെ നമ്മൾ ഈശ്വര തുല്യം കണ്ട് പൂജിക്കുന്നതാണ് ഇതൊക്കെ അങ്ങനെ വന്നതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ വാക്കുകൾ അതുപോലെ മറ്റൊരു സന്ദർഭത്തിലുണ്ടല്ലോ ഭാഗവതത്തില് കുറെ ബ്രാഹ്മണർ ഇരുന്ന് പൂജ ചെയ്യും ഹോമൻ ചെയ്യും ഭഗവാനും ബലരാമസ്വാമി എത്തിച്ചേരും ഭക്ഷണത്തിന് ഗോപന്മാരെ പറഞ്ഞേക്കും ഭക്ഷണം പേടിക്കാൻ പക്ഷെ ബ്രാഹ്മണർ അവരെ മൈൻഡ് ഇല്ല എന്ന് മാത്രമല്ല ചീത്ത പറഞ്ഞ് ഓടിക്കും ആ സമയത്ത് ഭഗവാൻ പറയാണ് പോകൂ നിങ്ങള് പത്നിമാരുടെ അടുത്തേക്ക് എന്ന് വിപ്രപത്നി ഉദ്ധാരണം കഥ കേട്ടിട്ടില്ലേ ഭാഗവതത്തില് എന്നിട്ട് ഭഗവാൻ പറയുന്നത് ഇവർക്ക് മന്ത്രം ചൊല്ലാനേ അറിയുള്ളൂ ഹൃദയമില്ല എന്നാണ് പറയുന്നത് ഞാൻ മന്ത്രത്തിനെയല്ല വാല്യൂ ചെയ്യുന്നത് ഞാൻ ആ പ്രേമുള്ള മനസ്സിനെയാണ് അപ്പം മന്ത്രം ചൊല്ലാൻ അറിയാത്ത വിപ്രപത്നിമാരെ മന്ത്രം ചൊല്ലാൻ അറിയുന്ന വിപ്രന്മാരെക്കാൾ ഉന്നതിയിൽ കണ്ട കൃഷ്ണന്റെ സംസ്കാരം നിങ്ങൾ ആലോചിച്ച് നോക്കൂ അപ്പൊ മനസ്സിലാവില്ലേ ഭഗവാൻ പ്രായോഗികമായി ചിന്തിച്ച ആളാണ് അല്ലാതെ ഭഗവാൻ ഈ എന്താണ് ചിട്ടവട്ടങ്ങളൊന്നും നോക്കി ചിന്തിച്ച ഒരാളല്ലാന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മള് ഭഗവാൻ പറയുന്ന വാക്കുകളെ വളരെ ശ്രദ്ധിക്കണം ആരെന്ത് പറഞ്ഞു എന്നുള്ളതല്ല മുഖ്യം നമ്മൾ ഇതൊക്കെ ഭാഗവതത്തിലോ അല്ലെങ്കിൽ ശാസ്ത്രങ്ങളിലോ പറഞ്ഞു വെച്ചിട്ടുണ്ടോ തസ്മാത് ശാസ്ത്രം പ്രമാണന്തേ എന്തായിരിക്കണം പ്രമാണം അപ്പൊ നമ്മള് എന്തെങ്കിലും ആരെങ്കിലും ചെയ്യുന്നത് കണ്ട് ചാടി ചെയ്യാൻ പാടുമോ ഈ ഹിന്ദുക്കളാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഒരാള് ചെരുപ്പ് പൂജിച്ചാൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ചെരുപ്പിട്ട് മറന്നു പോയാൽ മതി ഈ അമ്പലത്തിൽ ചെരുപ്പാണ് വഴിപാടെന്ന് അങ്ങനെ പാലക്കാട് ഒരു അമ്പലം ഉണ്ട് കോഴിയെ കൊടുക്കുന്നൊരു അമ്പലം ആരോ പണ്ട് ആരുടെ കോഴി അമ്പലത്തിൽ പോയി ഉണ്ടാവും അപ്പൊ അയാൾ പറഞ്ഞിട്ടുണ്ടോ പോയ കോഴി ഞാൻ വഴിപാടായി ദൈവത്തിന് കൊടുത്തിരിക്കണോ അല്ലെ ദൈവത്തിന് കോഴിയുടെ ആവശ്യമുണ്ടോ അപ്പൊ അന്ന് മുതൽ ആളുകൾ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് കോഴി ഇപ്പൊ അമ്പലത്തിൽ നടക്കാൻ വയ്യ സർവത്ര കോഴി കാരണം പിന്നെ വേറൊരു കൂട്ടിലും ഉണ്ട് ഈ കോഴിയെ കൊക്കാനായിട്ട് കുറെ ആൾക്കാര് ഇതാണ് സത്യം അങ്ങനെ ഒരു അമ്പലമുണ്ട് പാലക്കാട് ഇങ്ങനെയൊക്കെ ആളുകൾ ഏതെങ്കിലും ഒരാളൊന്ന് തുടങ്ങി വെക്കും ബാക്കിയുള്ളവര് മുംബൈയിൽ ഗമിച്ചു ഇരുന്ന തന്നെ ചില അമ്പലങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാം ആളുകളുടെ ആ ഒരു ഭക്തിയുടെ സ്വഭാവം നിങ്ങൾ ഗുരുവായൂര് തന്നെ ഞാൻ എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മ ആ പിന്നിലുള്ള ഒരു വിഗ്രഹത്തിൽ ഒരു മനുഷ്യനും നോക്കാറില്ല ആ കൊത്തുപണിതൊന്നും ഞാൻ ഗുരുവായൂരപ്പനല്ലാതൊന്നും നോക്കില്ലേ അത് കഴിഞ്ഞാണ് പുറത്തുപോയി ഇപ്പൊ നിങ്ങൾ നോക്കൂ ഞാൻ നോക്കുമ്പോണ്ട് ആ ഹനുമാൻ സ്വാമിയുടെ മുകളിൽ കുങ്കുമം വന്നു കണ്ടുണ്ടോ നിങ്ങൾ ഏ ആ അങ്ങനെയാണ് ആളുകൾ ഈ എനിക്ക് തോന്നുന്നു ഒരു ഒരാളെന്തെങ്കിലും തുടങ്ങി വെച്ചാൽ ബാക്കി എല്ലാവരും പിന്നെ അത് ഇപ്പോ ഗുരുവായൂരപ്പിനെക്കാളും ശക്തി ഹനുമാൻ സ്വാമിക്ക് പാവ് അയാൾക്കാണെങ്കിൽ പുറത്തു വരാനും ഈ അച്ഛുമരന്റെ മുകളിലാണ് പണ്ടൊരു പള്ളിയിലെ കഥ പറഞ്ഞതുപോലെയാണ് പള്ളിയിൽ ഒരാൾ കള്ളു കുടിച്ചിട്ട് വരും അത്തായി നിങ്ങളുടെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പൊ പള്ളിയിൽ അച് പള്ളിയിൽ കള്ളു വന്നിട്ട് പറയും അച്ഛ ഇനി അച്ഛനല്ല എന്താ പറയാ കർത്താവ് കർത്താവെ ഇനി നീ നടത്തി തന്നില്ലെങ്കിൽ എന്റെ മകൾക്ക് മോചനം നീ തന്നിട്ടില്ലെങ്കിൽ നിനക്ക് ഞാൻ മോചനം തരുന്നു ആണിയിൽ നിന്ന് ഞാൻ അഴിച്ചുവിടുന്നു നീ കുറെ കാലായി അതിന്റെ മുകളിൽ കിടക്കണോ നിനക്ക് ഞാൻ മോചനം തരാൻ പോവാണ് ഒരു ദിവസം ലിറ്ററലി ഇയാള് മൂക്കറ്റം കള്ളു കുടിച്ചിട്ട് പള്ളിയിൽ കയറി വന്ന പള്ളിയിലെത്തിന് പേടി കിടന്നു കാരണം ഇയാളെങ്ങാനും കർത്താവിനെ അഴിച്ചിട്ടാ പിന്നെ പോയില്ലേ ആളുകൾക്ക് കർത്താവിനുള്ള വിശ്വാസം പോവും അപ്പൊ ഈ പാതിരി ഇവർക്കൊരു ഹെൽപ്പർ ഉണ്ടാവുമല്ലോ കപ്പ്യാര് അവര് കപ്പ്യാരെന്ന് കപ്പ്യാരോട് പറഞ്ഞു കപ്പ്യാരെ മത്തായി കുഴപ്പമുണ്ടാക്കോന്ന് ഒരു കുഴപ്പമുണ്ടാക്കില്ല അച്ഛോന്ന് മത്തായിക്ക് നല്ല കോൺഫിഡൻസ് കാരണം അച്ഛന്മാരെ പറഞ്ഞാൽ ഈ ബാങ്ക് മാനേജർമാരെ പോരെ പോര അവർ വരും ട്രാൻസ്ഫർ ആയിട്ട് വരും പോവും ഈ കപ്തിയാമാര് മിക്കവാറും പെർമനന്റ് അവിടത്തുകാർ തന്നെയായിരിക്കും അയാൾ പറഞ്ഞു ഡോണ്ട് വെറിയ അച്ഛ കാരണം കർത്താവ് വീഴുന്ന പ്രശ്നം കാരണം അന്ന് കൊരിച്ചിലേറ്റിയതിന് ശേഷം ഇതുവരെ അദ്ദേഹം വീണിട്ടില്ല മത്തായിക്ക് എന്തായാലും പള്ളിയിൽ കയറി വരുന്നു അച്ഛനോട് പറഞ്ഞു തൊട്ടു പോര് എന്റെ മകൾക്ക് മുക്തി കൊടുക്കാത്തവൻ ഇന്ന് മുക്തി കൊടുക്കാൻ ഞാൻ നിശ്ചയിച്ചിരിക്കണമെന്ന് അങ്ങനെ ഒരു സ്റ്റൂളൊക്കെ എടുത്തിട്ട് കയറി ആണിയൊക്കെ പറിച്ചെടുക്കാൻ തുടങ്ങി കാലിലെ ആണിയും കയ്യിലെ ആണിയും ഒക്കെ പിടിച്ചു വലിച്ചെറുന്നു കർത്താവ് വരുന്നില്ല അപ്പൊ കർത്താവിനെ നോക്കിക്കൊണ്ട് പറയാണ് നീ മരത്തിലൊട്ടി മരത്തിലൊട്ടി നിനക്ക് മരത്തിനോട് ഒരു അറ്റാച്ച്മെന്റ് വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ മരത്തിൽ നിന്ന് മുക്തി തന്നാ പോലും നീ പുറത്തു വരില്ല അച്ഛനത് കണ്ടപ്പോ വലിയ അത്ഭുതായി അച്ഛൻ കപ്പ്യാരോട് വിശ്വസിച്ചത് എങ്ങനെയാണ് കപ്പ്യാരെ പറ്റിയത് എല്ലാ ആണിയും പറഞ്ഞെടുത്തിട്ടും കർത്താവ് വീഴുന്നില്ല അപ്പൊ കപ്പ്യാര് പറയാണ് ഈ മത്തായി ഇത് ചെയ്യുന്ന എനിക്ക് മുമ്പേ അറിയാവുന്നതുകൊണ്ട് ഞാൻ പുറകിലൊരാണി അടിച്ച് വെച്ചിരിക്കണ കർത്താവിന്റെ പുറകിലാണി അടിച്ച് കയറ്റിരിക്കണേ അപ്പൊ മുന്നിൽ താണി മുഴുവൻ ഇളക്കി മാറ്റിയാലും കർത്താവൂ ഒരിക്കലും പുറത്തു വരില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇതുപോലെ അത്ര നമ്മുടെ ഉള്ളിലുണ്ടല്ലോ ഈ ധാരണകൾ അങ്ങനെ ഉറച്ചുപോയി ഇനിയിപ്പോ ഒരാള് പറഞ്ഞു മാറ്റിയാലും നിങ്ങളുണ്ടല്ലോ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോഴേക്കും നിങ്ങൾ പറയും കൃഷ്ണ ഗുരുവായൂരപ്പ മോന്റെ കാര്യം മോളുടെ കാര്യം പാൽപായസം നേടിച്ചോളാം അല്ലെങ്കിൽ പാൽപായസം കഴിച്ചോളാം അതറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്നും വരും അതങ്ങനെ പരിശീലിച്ചു പോയി കാരണം ശീലിച്ചതല്ലേ പാടുള്ളൂ അത് ആ ശീലത്തിൽ നിന്നും മാറ്റിയെടുക്കണം ഇനി ഉറപ്പിക്കണം ഞാൻ ഏതൊരു ഭഗവാന്റെ മുന്നിലാണോ കെഞ്ചി കേഴുന്നത് ആ ഭഗവാന്റെ മഹത്വം എവിടെ തന്നെയുണ്ട് അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ നടക്കും ഇത് സത്യമാണ് നമുക്ക് അക്കാര്യത്തിൽ നല്ല ഉറപ്പ് വേണം ഇന്ന് എനിക്ക് നല്ലൊരു അനുഭവം എന്താ പറയുക ഒരു കുട്ടി എഴുത്തിനെത്താൻ വന്നില്ലേ ഇന്ന് ഞാൻ എറണാകുളത്ത് എഴുത്തിനെത്തുന്നതാണെന്ന് പറഞ്ഞ അഡ്വർടൈസ്മെന്റ് കൊടുത്തു അപ്പൊ എറണാകുളത്ത് അവിടെ ഒരു നമ്മള് പ്രീ സ്കൂള് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവർ കൊടുത്തു സ്വാമി ഉദി ചൈതന്യയുടെ നേതൃത്വത്തിൽ എഴുത്തിനെടുത്തുന്നതാണെന്ന് ഒരു പൊട്ടത്തരല്ല എഴുതിയത് അപ്പൊ ഞാൻ ഇന്ന് അവിടെ ഒരുപാട് കോള് വന്നിരിക്കേണ്ട സ്വാമിജിയാണോ എഴുത്തിനെത്തരുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഞാൻ എഴുത്തിനെടുത്തേണ്ട നിയോഗം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യം അവർക്ക് ഉണ്ടാവില്ല അപ്പൊ എവിടെയോ എന്തോ അപ്പൊ നോക്കൂ ഈ ഇന്നിവിടെ വന്ന പാർട്ടി ഒരു ബന്ധു ഇല്ല എവിടെ അയാൾ മിലിട്ടറി കാരനോ പട്ടാളത്തിലെന്തോ ജോലി ചെയ്യണം എയർഫോഴ്സിലൊക്കെ അയാൾ ഇവിടെ നിന്ന് ചണ്ഡീഗഡിൽ നിന്ന് പിടിച്ചു വന്നിരിക്കുക അപ്പോ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ചെയ്യാനുള്ള ഒരു നിയോഗം എഴുതി കഴിഞ്ഞ് മാറ്റാൻ നമുക്ക് പറ്റില്ല നമ്മളതിനെ സ്വീകരിക്കുക ഒന്നും പ്രാർത്ഥിക്കേണ്ടതില്ല നമ്മളെ കൊണ്ട് എന്തോ ചെയ്യണം എന്നുള്ളത് ിയോഗമാണ് അത് മാറ്റിയെടുക്കാൻ പറ്റില്ല ഒരാൾക്ക് ഇതൊക്കെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും നമ്മൾ എന്ത് വേണമെച്ചാൽ അത്രയും നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് സമർപ്പിച്ചിരിക്കുക ബസ് ബാക്കി ആരെ നോക്കിക്കോളും അർജുനോട് പറഞ്ഞതുപോലെ നിഹതാപൂർവമേവ നേരത്തെ പറഞ്ഞില്ലേ ഞാനിവരെയൊക്കെ നിഹതാപൂർവമേവ കൊന്നുകഴിഞ്ഞു പോന്ന് നീ ഒരു നിമിത്തമാത്രം നീ കേവലം ഒരു നിമിഷമെന്റ് അതുപോലെ നമ്മളുണ്ടല്ലോ നമ്മുടെ മകളുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു മകള് പ്രസവിച്ചു കഴിഞ്ഞു മകന്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ മനസ്സിൽ പറയുക അതൊക്കെ ആര് ചെയ്തു കഴിഞ്ഞു ഞാൻ കേവലം ഒരു ആ നിമിത്തം ഞാൻ പ്രയത്നിച്ചാൽ മതി ബാക്കിയൊക്കെ ആര് നോക്കിക്കോളും ഇത് നമ്മൾ അങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ പകുതി പോയില്ലേ എന്നാ നിങ്ങളൊന്നും പറയാത്തേ പക്ഷെ നിങ്ങൾ വിട്ടുകൊടുക്കുവോ ഭഗവാനെ ഞാൻ നോക്കിയിട്ടില്ലെങ്കിൽ എന്റെ മകനെ പിന്നെ ആരും നോക്കും ഭഗവാൻ നോക്കുമോ ആര് നോക്കണം ഞാൻ നോക്കും ഞാൻ നോക്കുമെന്ന് പിടിച്ചു വെക്കും തോറും ഭഗവാൻ പറയും നീയായി നിന്റെ പാടായി കൊണ്ടു നടക്കുക അങ്ങനെ നമ്മൾ ടെൻഷനായി പിന്നെയാണ് നമ്മൾ തീരുമാനിക്കുക ഇതൊന്നും ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല നോക്കും പകുതി സമാധാനം നമുക്ക് കൈവരിക്കാൻ സാധിക്കും നിങ്ങൾ ഈ സത്യം മനസ്സിൽ വെക്കണേ എത്ര ഒരു കാര്യത്തിൽ നിങ്ങൾ വറിയിലാണോ അത്ര കാര്യം നടക്കാതിരിക്കും ഇതൊരു പ്രപഞ്ച സത്യമാണ് എത്ര ഒരു കാര്യത്തിൽ നിങ്ങൾ മനസ്സിനെയും ഭഗവാനിൽ പരിപൂർണമായി വിട്ടുകൊടുക്കുന്നു അത്ര ഭംഗിയായിട്ട് ആ കാര്യം നടക്കും നിങ്ങള് പരിപൂർണമായി വിട്ടുകൊടുത്താലേ നടക്കുള്ളൂ എന്ന് ഉറപ്പുവരുത്താനാണ് ഡോക്ടർ നിങ്ങളെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പരിപൂർണമായി നിങ്ങളെ ബോധം കെടുത്തുന്നത് നിങ്ങൾ പരിപൂർണമായി അങ്ങോട്ട് വിട്ടുകൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് പരിപൂർണമായി പ്രശ്നങ്ങളാണ് ഇപ്പൊ നിങ്ങൾ ബോധം കെടുത്തിക്കഴിഞ്ഞാൽ ചെയ്യുന്ന എവിടെ കീറിയാലും കുഴപ്പമില്ല ഡോക്ടറെ എവിടെ നിന്ന് എന്ത് വേണേ എടുത്തോളൂ കിഡ്നിയോ എന്താ ശങ്കെടുത്തോളൂ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് നിങ്ങള് എന്താണ് സർവധർമാൻ പരിത്യജ എല്ലാം പരിത്യജിച്ചിരിക്കുകയാണ് ഡോക്ടറെവം ശരണം പ്രജ ഡോക്ടർ പറയണു അഹന്ത്വാ സർവഭാവേദ്യോ മോക്ഷയിക്ഷ്യാമി ഞാൻ ഏറ്റവും കാര്യങ്ങളെ ഇതാണ് നിങ്ങൾ പരിപൂർണമായി ഡോക്ടർക്ക് വിട്ടുകൊടുക്കുമ്പോൾ ഡോക്ടർക്ക് നിങ്ങളെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നു അല്ലേ അതല്ല നിങ്ങക്ക് പകുതിയാണ് ഓഫ് എന്നത് വിചാരിക്കും അവസ്ഥ നിങ്ങൾ ഡോക്ടറെ പിടിച്ച് കേറിയിരിക്കും നിങ്ങള് കാരണം അത്രയും വേദനയും സഹിക്കാൻ പറ്റില്ല ഇഞ്ചക്ഷൻ ചെയ്യുന്ന സമയത്ത് ഡോക്ടറുടെ കൈ കടിക്കുന്ന ആൾക്കാരുണ്ട് ഇത്ര വലിയ ആൾക്കാരായിട്ടോ മനസ്സിലായില്ലേ അതുകൊണ്ടാണ് നാലും അഞ്ചു ആളുകളെ കൊണ്ടൊക്കെ പിടിച്ച് വെപ്പിക്കുന്നത് ഡോക്ടർ കാരണം ഇതെങ്ങ വയലിന്റെ മൃഗാണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി വെക്കു എത്ര നമ്മള് സമർപ്പിക്കുന്നു അത്ര കണ്ട കാര്യം ഭംഗിയോ ആണോ അല്ലയോ എത്ര കണ്ട് നിങ്ങൾ മസിൽ പിടിക്കുന്നോ ടെൻഷൻ എടുക്കുന്നോ അത്ര കണ്ടത് വേദനാത്മകമാവും അപ്പൊ നിങ്ങൾ കുട്ടികളെ കുളിപ്പിക്കുന്നു നിൽക്കുന്ന വേഗം മനസ്സിലാവും ആ കുട്ടി മസിൽ പിടിച്ചിട്ട് നിൽക്കുകയാണെങ്കിലോ അതൊരിക്കലും സമ്മതിക്കുന്നില്ലെങ്കിലോ നിങ്ങൾ നിങ്ങൾക്ക് എന്താ തോന്നുക എന്താ തോന്നോ നമ്മുടെ തനി സ്വരൂപം കാണിച്ചു കൊടുക്കും രണ്ടെണ്ണം അങ്ങോട്ട് പൊട്ടിച്ചു കൊടുക്കും അല്ലേ ആ കുട്ടി വളരെ റിലാക്സ്ഡ് ആണെങ്കിലോ ൊക്കെ നിങ്ങൾ പ്രാക്ടിക്കലി ചിന്തിക്കും നിങ്ങൾക്ക് രണ്ട് കുട്ടികൾ ഹിൻസാണ് വിചാരിക്കുക അപ്പൊ നിങ്ങൾ രണ്ടിനെയും അടുത്തടുത്ത് കടത്തിയിട്ടുണ്ട് അതൊക്കെ വിചാരിക്കാനേ പാടുള്ളു അടുത്തടുത്ത് കടത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആ കുട്ടിയെ കടത്തിയപ്പം നിങ്ങൾ കുറച്ചുനേരം എന്തോ ജോലിയൊക്കെ കഴിഞ്ഞ് ആ വഴിക്ക് വരുമ്പോൾ ഒരു കുട്ടി ഭയങ്കരമായിട്ട് കരയണോ എടുക്കാൻ വേണ്ടിയിട്ട് കീറി പൊളിക്കണോ നിങ്ങളുടെ ഭാഷയിൽ മറ്റേതാണെങ്കിൽ പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ കിടക്കണോ നിങ്ങൾ ഏതിനെയാകും എടുക്ക <com> ും കരയുന്നതിനെടുക്ക കരയുന്നതിനെയാണ് നിങ്ങളെടുത്ത് പാൽ കൊടുത്ത് കിടത്തിയത് അതിനും നിങ്ങൾ പാൽ മറ്റതിനും പാല് കൊടുത്ത് കിടത്തിയതാണ് അപ്പൊ എടുക്കേണ്ട ഒരാവശ്യവും ഇല്ല നിങ്ങൾക്കറിയാം അതിന് നിങ്ങൾ കിടത്തിയതാണ് എന്നിട്ടും അത് കീറി പൊളിക്കുന്നുവെങ്കിൽ